ഗുരുപരമ്പരെ സ്മരിച്ചുകൊണ്ട് കൊട്ടപുഷത്ത് രണ്ടാം മല്ലിന് ഇരുപതാമത്തെ മന്ത്രമാണ് ആത്മം തത്വം വെളിപ്പെടുന്നത് എന്നാണ് അടുത്ത മണ്ഡലത്തിൽ പറയുന്നത് മനോരണീയാൻ മഹതോ മഹീയാൻ ആത്മാ ജോർ നിഹിതോ ഗുഹാൻ തമക്രൂ പശ്യ വിവീതശോകോ ധാതുപ്രസാദാ മഹിമാനം ആത്മനഹ ണോ അണീയാൻ മഹത മഹീയാൻ ആത്മാ അസ ജോർക്കു തം അക്കു वीत പശ്യതി വീട്ടശോകുപ്രസാ മഹിമാനത്മന മനോരമയാൻ മഹതോ മഹീയാൻ ആത്മാോർ ഗുഹാൻ പശ്യത്തി വീരശോകോ ഭത് മഹിമാനമാത്മന കഥം പുനരാത്മാനം ജാതി പുനഃ പിന്നേട് കഥം എങ്ങനെയാണ് ആത്മാനം ജാതി ആത്മാനേ അറിയുന്നത് അവന് സമാനം പറയുന്നു ഏത് രൂപത്തിനും ആത്മാവിനെ അറിയാം എന്ത് ഉപായത്തിലൂടെ ആത്മാവിനെ അറിയും അവന് സമാനം പറയുന്നു അണോഹോ അതിനർത്ഥം പറയുന്നു സൂക്ഷ്മ അനുയാൻ അണുദരഹ അനോഹോ സൂക്ഷ്മ സൂക്ഷ്മത്തിൽ നിന്നും സൂക്ഷ്മമാണ് അണിങ്ങിയാൽ സൂക്ഷ്മത്തിൽ നിന്നും അണിയാൻ സൂക്ഷ്മമാണ് സൂക്ഷ്മത്തേക്കാൾ സൂക്ഷ്മമാണ് സൂക്ഷ്മത്തേക്കാൾ സൂക്ഷ്മമാണെന്ന് പറഞ്ഞാൽ ശ്യാമാകാദേഹി ശ്യാമാ തില എന്ന് പറയുന്നൊരു ധാന്യമുണ്ട് വളരെ ചെറുതാണ് കറുത്തതാണ് കടുങ്ങിനേക്കാൾ ചെറുതായിരിക്കും അതിനേക്കാൾ ശ്യാമാകാതേര അതിനേക്കാൾ തില എന്നുള്ള ധാന്യത്തെക്കാൾ അണുതരാ അണുവാണോ കടകിനേക്കാൾ സൂക്ഷിച്ചതാണെന്ന് പറയുമ്പോൾ അണുവാണ് സൂക്ഷ്മമാണ് മഹതോ മഹത്പരിമാണ മഹിയാണ് മഹത്തിൽ നിന്നുള്ള മഹത്താണ് മഹത്തനേക്കാൾ മഹത്താണ് മഹത്തര മഹത്തരമാണ് പൃഥിവ്യാദേഹി പൃഥിവിധി ആണ് മഹത്തായി കാണുന്നത് വലുതായി കാണുന്നു അപ്പൊ വലതിനക്കാളാണ് വലുതാണ് അനുപ്രഥിവ്യാദേഹി പ്രതിവ്യാധികളും മഹത്താണ് അനു മഹത്വാ ഏതസ്തി വസ്തു നിത്യേന ആത്മവത് സംഭവത്തി അണു മഹത്വ അണു അല്ലെങ്കിൽ മഹത്വ സൂക്ഷ്മ അല്ലെങ്കിൽ വലുതായി ലോകേ യത് വസ്തു അസ്തി ലോകത്തിൽ എന്ത് വസ്തുണ്ടോ ലോകത്തിലേതെല്ലാം വസ്തുക്കളുണ്ടോ അണുമായിട്ട് അല്ലെങ്കിൽ മഹത്തായിട്ട് തത് ആ വസ്തുക്കളെല്ലാം തേന ആത്മനാ നിത്യേന ആത്മവത് ആ വസ്തുക്കളെല്ലാം തേനീവ നിത്യനാകാൻ ആ നിത്യമായ ആത്മാവിനാൽ ആത്മവത് സംഭവതി ആത്മവസ്തുക്കളാകുന്നു ഒരു വസ്തു ഉണ്ട് എന്ന് പറയണമെങ്കിൽ അതിന് ആത്മാവ് അതിന്റെ ആശ്രയമായതുകൊണ്ടാണ് അങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറയുന്നു പണമുണ്ട് അല്ലെങ്കിൽ മഹത്വം ഉണ്ട് എന്ന് പറയണമെങ്കിൽ എന്നുവെച്ചാൽ ഉണ്മയോട് കൂടിയതാവുന്നത് ആത്മാവത്തായില്ല എന്നുവെച്ചാൽ ഉണ്മയുള്ളതായിരിക്കും അങ്ങനെ ആകുന്നതുകൊണ്ടാണ് ഈ ആത്മാവിനെ കൊണ്ടാണ് വസ്തുവിന് അണുവാണെന്നോ ഉമ്മ ഒട്ടാണെന്നോ പറയുന്നത് ഒരു വസ്തുവിന് ഉണ്ട് എന്നൊന്നറിയണമെങ്കിൽ അത് ആത്മ സാന്നിധ്യം ഉണ്ടാകാൻ അറിയുന്നത് സർവ വസ്തുവിനും അനുഭവപ്പെടുന്ന അസ്തിത്വം ആത്മാവിന്റെ സ്വരൂപമാണ് അത് അനുഭവപ്പെടുന്നത് ആത്മന നിർമുക്തം അസുഖതും ഒരു വസ്തു ആത്മരഹിതമായി തീരുക എന്നുള്ളത് ആത്മന നിർമുക്തം ആത്മാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരുന്നത് അസമ്പദ്ധ്യത അതിനകത്ത് എന്ന് പറയേണ്ടി വരും വസ്തു നമുക്ക് സങ്കല്പിക്കാൻ കഴിയിട്ടില്ല ഒന്നും ആത്മ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഉണ്ട് എന്ന് നമുക്ക് ഉപകരിക്കാൻ പറ്റത്തില്ല ഉണ്ടെന്ന് പറയാനോ ചിന്തിക്കാനോ പറ്റത്തില്ല അതിന് പിന്നെ അസ്വത്വം എന്ന് പറയുന്നത് സാധാരണ അസ്വത്വം സ്വത്ത് നമ്മൾ സാധാരണ ഉള്ളതിന് സ്വത്തൊന്നും ഇല്ലാത്തതിന് അസ്വത്വം പറയുന്നു അപ്പോൾ ആ ഇവിടെ എന്തെല്ലാം നമ്മുടെ അറിവിന് വിഷയമാവുന്നത് അതെല്ലാം ഉന്മയുള്ളതാണ് സത്വനോട് ചേർന്ന് അനുഭവപ്പെടുത്തണം ഏതൊരു ഉമ്മയിലൂടെ സർവപ്രപഞ്ചങ്ങളും അനുഭവപ്പെടുന്നു അതണുവായാലും മഹത്തായാലും നമുക്കില്ലായ്മ അനുഭവപ്പെടുന്ന വസ്തുവത്തിലൂടെയാണ് സാധാരണ ഈ വ്യവഹാരത്തിൽ ഒരു വസ്തുവിന്റെ ഇല്ലായ്മ ഇല്ലായ്മയും നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ അവിടെ ഇല്ലായ്മയും ബോധ്യപ്പെടുത്തുന്ന ഉമ്മയാണ് മാത്രമേ സർവത്തെ അറിയാൻ പറ്റൂ അങ്ങനെ ഉമ്മയോടെ ചേരാത്ത നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല കാരണം എല്ലാ സങ്കല്പങ്ങളും ഉമ്മയെ ആശ്രയിച്ചാൽ പറ്റുന്നത് അപ്പൊ ഇല്ലായ്മയെ കുറിച്ച് നമുക്ക് സങ്കൽപ്പിക്കാൻ സാധ്യതയല്ല ഉമ്മയെക്കുറിച്ച് സങ്കല്പിക്കാൻ പറ്റും കാരണം സങ്കല്പം ആശ്രയിച്ചിരിക്കുന്നു ഉമ്മയാണ് തസ്മാ അസു ഏവാത്മാ അണോഹോ മഹതോ മഹിയാൻ അതുകൊണ്ട് തസ്മാ അസൗ ഏവാത്മാ അസു ആത്മാവ ഈ ആത്മാവ് തന്നെയാണ് അണോഹോ അണിയാൻ അണുവിനും അണുവായും മഹതോ മഹിയാൻ മഹത്തിനും മഹത്തായും ഇരിക്കുന്നത് സർവത്തിനും ആ ഉണ്ണയെ പ്രദാനം ചെയ്തുകൊണ്ട് നിലനിൽക്കുന്നതാണ് ആത്മാവ് എന്നാണ് അവന്റെ താല്പര്യം സർവനാമരൂപ വസ്തു ഉപാധിപത്വമാണ് ആ ഏക സ്വഭാവത്തിലുള്ള ആത്മാവ് അണുവായും മഹത്തായും വിഭിന്ന രൂപത്തിൽ പരസ്പര വിരുദ്ധ രൂപത്തിൽ എന്തുകൊണ്ട് അനുഭവപ്പെടുന്നു പറയുന്നത് സർവനാമരൂപ വസ്തു സർവ നാമരൂപങ്ങളോടുകൂടിയിരിക്കുന്ന വസ്തുക്കളും ഈ ആത്മാവിന്റെ ഉപാധിയാണ് ആത്മാവ് പ്രകാശിക്കുന്നതിനുള്ള അവലംബമാണ് നാമരൂപാത്മകമായി അനുഭവപ്പെടുന്ന എല്ലാ വസ്തുക്കളിലൂടെയും ഈ ആത്മാവ് പ്രകാശിപ്പിക്കുന്നു അങ്ങനെയാണ് അതിനെല്ലാം ഉപാധി എന്ന് പറയും ആത്മാവ് ഉപാധിയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് അതാണ് ആത്മാവ് പ്രകാശിക്കുന്നതിനുള്ള ഒരു ഉപാധി ഒരു മാധ്യമം ആ മാധ്യമം അതിനോട് ഉപാധി എന്ന് പറയുന്നത് അതാണ് നാമരൂപ വസ്തു വരുമ്പോൾ നാമരൂപങ്ങളോട് ലീഗിന് നേതാവില്ല അത് ഉണ്ണയായാലും എന്ന് പറയുന്ന വസ്തുവായാലും ശരി ഒരു നാമവും ഇല്ല എന്ന് പറയുന്നിടത്തൊണ്ട് ഒരു നാമവും ും അപ്പൊ സർവഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം യാത്മാവിന് പ്രകടമാകുന്നതിന് വെളിപ്പെടുന്നതിനുള്ള മാധ്യമം ഉപാധി ആണ് ഈ പരസ്പര വിരുദ്ധ രൂപത്തിലുള്ള വസ്തുക്കളിലൂടെ ആത്മസത്ത വെളിപ്പെടുന്നത് കൊണ്ടാണ് മനുവന്നും മഹത്വം മറ്റും പറയുന്ന വ്യവഹാരങ്ങളും വാക്കും പ്രവൃത്തിയെല്ലാം ചിന്തിയെല്ലാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആത്മാവിനെ നിഷേധിക്കാൻ പറ്റത്തില്ല കാരണം ഒന്ന് സത്യം നിഷേധിക്കാൻ കഴിയുന്നില്ല സത്യം നിഷേധിക്കാൻ പറ്റും ഒരു വസ്തുവിന്റെ അസ്തിത്വം അത് സർവ അനുഭവസിദ്ധമാണ് ഒരു വസ്തുവിന്റെ അസ്തിത്വം എന്ന് പറയുന്ന വർഷമുണ്ട് എന്നാണ് സർവുടെ അനുഭവത്തിലൂടെ സിദ്ധമായ ഒരു കാര്യമാണ് അസ്തിത്വം എന്ന് പറയുന്നത് ആണ് ആത്മാവിന്റെ അസ്തിത്വം വാസ്തിത്വത്തെങ്ങനെ നിഷേധിക്കാൻ പറ്റും നിഷേധിക്കാൻ പറ്റത്തില്ല നടത്തോട് വെളിപ്പെടുത്തുന്നത് സ ച ആത്മാത്മാവ് സ ആത്മാ ഈ ആത്മാവാട്ടെ അസ്യ ജന്തു ജന്തുവിന്റെ ജന്തു എന്ന് പറയുന്നത് എന്താണ് ബ്രഹ്മാതി സ്തംഭപര്യന്തസ് പ്രാണുജാത ബ്രഹ്മാവി ബ്രഹ്മാവ് തുടങ്ങി സ്തംഭം പുൽച്ചെടി സ്തംഭം പുൽച്ചെടി സ്തംഭപര്യന്തസ്വണമെന്നുള്ളത് കൊണ്ട് അത് സ്തംഭമാണ് സ്തംഭം ആണ് നമ്മൾ വ്യത്യാസമുണ്ട് ബ്രഹ്മാവ് തുടങ്ങി പുൽച്ചെടിയിലുള്ള പ്രാണിജാതിണികളുടെയും ഗുഹായാം ഹൃദയ ഹൃദയത്തിൽ ഗുഹാനത്തെ ഹൃദയം അന്ധക്കരണം എന്നാണ് ഹൃദയം എന്ന് പറയുന്നത് ഇവിടെ അന്തക്കരണമാണ് നിഹിതമായിരിക്കുക എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുക എന്നാണ് ഇവിടെ പറയുന്നുവരൂ ആത്മഭൂത സ്വരൂപമായ വാസ്തുവിന്റെ ഓരോ ജീവങ്ങളുടെയും സ്വരൂപമായിട്ട് യഥാർത്ഥ സ്വരൂപമായി സ്ഥിത സ്ഥിതി ചെയ്യുന്നു എന്നാണ് സർവപ്രാണികളുടെയും ഉള്ളിൽ അവന്റെ സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു പ്രാണികളുടെ സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാണികളുടെ അസ്തിത്വമായി സ്ഥിതി ചെയ്യുന്നു ഒരു ജീവൻ തന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കുന്നു എങ്ങനെ താൻ എന്നിങ്ങനെ തന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എപ്പോൾ അവന്റെ ബോധത്തിൽ അവന്റെ അസ്തിത്വം സദാസ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് ആത്മാവിന്റെ പ്രകടമായ ഭാവം ആത്മാവിന്റെ സ്ഫുരം താൻ ആത്മഭൂതമായി തന്റെ സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു എന്ന് അസ്തിത്വത്തെയാണ് തന്റെ ബോധം സ്ഥിതിച്ചു ഒരാൾക്ക് ബാക്കിയെല്ലാത്തിനും നിഷേധിക്കാം എനിക്ക് കയ്യില്ലെന്നോ കാലില്ലെന്നോ എന്തെയാണോ നിഷേധിക്കാം ഞാൻ ഇന്നയാളല്ലെന്നോ മറ്റൊരാളാണെന്നോ എല്ലാം പറയാം പക്ഷെ ഞാനല്ല എന്നൊരു വ്യക്തിക്ക് പറയാൻ പറ്റുന്നില്ല താൻ താനല്ലാന്ന് പറയാൻ സദാ ജയിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ ആ താൻ എന്നുള്ള ആ ആ ബോധത്തെ ആശ്രയിച്ച് ബാക്കിയുള്ള എല്ലാ പ്രവൃത്തിയിലും ചിന്തകളും നടന്നുകൊണ്ടിരിക്കുന്നു ആണ് ആത്മഭൂതമായിരിക്കുന്നു പറയുന്നു അതാണ് തന്റെ അസ്തിത്വം എന്ന് പറയുന്നത് അങ്ങനെ സർവ്വ പ്രാണികളുടെ ഉള്ളിലും ഇത് നിലനിൽക്കുന്നു അവിടെ തന്റെ ശരീരം മനസ്സ് എല്ലാം ആ അസ്തിവ സ്ഫുരണത്തിന് ഉപാധികളാണ് അതിന്റെ മാധ്യമങ്ങളാണ് അതിനെ ആശ്രയിച്ച് സ്ഫരിക്കും ശരീരത്തെ ആശ്രയിച്ച് അസ്തിത്വം പ്രകടമാകുമ്പോഴാണ് ഞാൻ ഇന്ന വ്യക്തിയാണ് എന്ന് പറയുന്നത് അന്ധസ്കരണത്തെ ആശ്രയിച്ച് അത് സ്ഫരിക്കുമ്പോൾ ഇന്ന വിശേഷതകളുള്ളവനാണ് എനിക്ക് ഇന്നിന്ന പ്രത്യേകതകളുള്ളവനാണ് എന്നിങ്ങനെ പറയുന്നു അത് ബാധകമായ വസ്തുക്കളിനോട് ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ എന്റേത് ഞാൻ ഇന്നതുമായി ബന്ധപ്പെട്ട ആളാണ് ഇന്നയാളിന്റെ മകനാണ് ഇന്നയാളിന്റെ പിതാവാണ് ഈ തരത്ത് ഈ അസ്തിത്വത്തെ മറ്റ് വസ്തുക്കളുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഈ അസ്തിത്വം സ്ഫിരിക്കുന്നതിനുള്ള മാധ്യമങ്ങളാവും മറ്റ് വസ്തുക്കൾ അത് അഹന്താരൂപത്തിലും മമതാരൂപത്തിലും അതിങ്ങനെ ഈ അസ്തിത്വം പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി വസ്തുക്കളും അങ്ങനെ മാധ്യമമായി തീരുന്നു അത് സ്വരൂപമായിരിക്കുന്നു ഒരു വ്യക്തിയുടെ നിഷേധിക്കാൻ വയ്യാത്ത സ്വരൂപമായിരിക്കുന്നു ആത്മാനം അങ്ങനെയുള്ള ആത്മാവിനെ സർവതേയും സ്വരൂപമായി ആർക്കും തന്നെ നിഷേധിക്കാൻ കഴിയാത്തതായിരിക്കുന്ന ആത്മാവിനെ അതുകൊണ്ടാണ് ഈ അദ്വൈത ചിന്ത അനുസരിച്ച് അദ്വൈതത്തിൽ പറയുന്ന ഈശ്വരനെ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല ഒരു നാസ്തികനെ നിഷേധിക്കാൻ പറ്റില്ല ഈശ്വരനെ നിഷേധിക്കുന്നവരെന്ന ഏതീശ്വരനെയാണ് നിഷേധിക്കുന്നത് തന്നിൽ നിന്നും അന്യമായിട്ടുള്ള ഈശ്വരനെയാണ് നിഷേധിക്കുന്നത് തനിന്ന് അന്യമായ ഒരു ഈശ്വരനെ എന്റെ അസ്തിത്വത്തെ കുറിച്ച് വിവാദമുണ്ടാവും നിഷേധിക്കുന്നതിന് എന്തുകൊണ്ട് അതിന്റെ അസ്തിത്വത്തെ കുറിച്ച് വിവാദമാണോ ഉണ്ടാവും അങ്ങനെ ഒരു ഈശ്വരൻ ഉണ്ടെന്നും ഇല്ലെന്നും പറഞ്ഞു അധീനമതനുസരിച്ച് ഇവിടെ വിവാദമാണോ ഒരു ഈശ്വരനെ ഇല്ല ഈശ്വരനെ സംബന്ധിച്ചൊരു വിവാദ കാരണം തന്റെ അസ്തിത്വം തന്നെ ആ ഈശ്വരൻ ആത്മാവ് എന്ന് പറയുന്നു അപ്പം അതിനെ ആർക്കും നിഷേധിക്കാൻ പറ്റും അപ്പൊ അദ്ദേഹത്തിന് നാസ്തികനില്ല അദ്ദേഹപതമനുസരിച്ച് നാസ്തികന്മാരില്ല നാസ്തികൻ എന്ന് പറയാൻ ആരും കഴിയത്തില്ല കാരണം നാസ്തികൻ എന്ന് പറഞ്ഞാൽ അസ്തിത്വത്തെ നിഷേധിക്കുന്നവനാണ് അസ്തിത്വത്തെ ആർക്കും നിഷേധിക്കാൻ പറ്റും നിഷേധിക്കുന്നില്ല ആരെങ്കിലും അവനെ നിഷേധിക്കുന്നവനോക്കെന്തെങ്കിലും ബുദ്ധിഭ്രമം ഉണ്ടായിരിക്കുന്നവരാണ് നിഷേധിക്കുന്നത് സ്വബോധമുള്ളവരാണെന്ന് അസ്തിത്വം നിഷേധിക്കാൻ പറ്റില്ല അപ്പൊ നാസ്തികൻ അസ്തിത്വം ഇല്ല എന്ന് പറയുന്നവരാണ് സ്വബോധമുള്ളവരാളൊ ഈശ്വരനെ നിഷേധിക്കുന്നവരേ ഇല്ല നാസ്തികന്മാരേ ഇല്ല അദ്ദേഹം പറയുന്ന ഈശ്വരന് നിഷേധിക്കുന്നില്ല പറയുന്നത് അസ്തിത്വം തന്നെയാണ് സർവവസ്തുക്കളുടെയും ആത്മഭൂതമായിരിക്കുന്ന ഒന്നാണ് സർവവസ്തുക്കളുടെയും യഥാത്മ സ്വരൂപമാണ് ഒന്നിൽ നിന്ന് അന്യമല്ലാത്ത ഒന്നാണ് അങ്ങനെ ഒരു ആത്മസത്വത്തെക്കുറിച്ച് ഒരിക്കലും വിവാദം ഉണ്ടാകത്തില്ല തന്നെ ആർക്കും നിഷേധിക്കാൻ പറ്റും അത് കഴിയിട്ടില്ല അങ്ങനെ സർവസ്വരൂപമായിരിക്കുന്നു സർവസ്വരൂപമായിരിക്കുന്നു അങ്ങനെയിരിക്കുന്ന ആത്മാവിനെ തമാത്മാനം അങ്ങനെയുള്ള ആത്മാവിനെ ദർശന ശ്രവണ മനന വിജ്ഞാന ലിംഗം ആത്മാവ് ദർശനം ശ്രവണം മനനം വിജ്ഞാനം ഇതെല്ലാം ആത്മാവിന്റെ ലുങ്കമാണ് ആത്മാവിന്റെ അടയാളമാണ് കാണുന്നു ദർശനം ശ്രവണം കേൾക്കുന്നു മനനം മനനം ചെയ്യുന്നു വിജ്ഞാനം അനുഭവം ഉണ്ടാകുന്നു ഇതൊക്കെയാണ് എന്റെ അടയാളം ആത്മാവിന്റെ അസ്തിത്വത്തിന്റെ അടയാളങ്ങൾ ഇതുതന്നെയാണ് കാണുന്നുണ്ടെങ്കിൽ ആ കാണുന്നവെന്നതായ ആത്മാവ് അതിന്റെ പിന്നിലുണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ആ കേൾക്ക് പിന്നിൽ കേൾക്കുന്നവനുണ്ട് മനനം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മന്ദാവ് മനനം ചെയ്യുന്നവനുണ്ട് അനുഭവം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇതാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനാണ് ഇതിന് അടയാളം ഇതിന്റെ ഉള്ളിൽ ഇതിനെല്ലാം ആശ്രയിച്ചുകൊണ്ട് ഇതിനെയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു സത്ത ഒരു ഉണ്മ്മ ഇതിന്റെ ഉള്ളിലുണ്ട് പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലും അതിനെ സർവർക്കും അതിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ജയിക്കാൻ പറ്റുന്നില്ല ആത്മാവിനെ കുറിച്ച് അല്ലെങ്കിൽ അസ്തിത്വത്തെക്കുറിച്ച് ആർക്കും പക്ഷെ അതിന്റെ വാസ്തവത്തിലുള്ള സ്വരൂപം എന്താണ് വിവാദം ഉണ്ടാവുന്നു ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലല്ല വിവാഹം നടക്കണം കാരണം ഒന്ന് ശരിക്കാം ഈശ്വരൻ എന്ന് പറയുന്നത് അതിന്റെ സ്വരൂപത്തിൽ അല്ല അതിന്റെ വിശേഷതകളാണ് അങ്ങനെ ഒരു ഈശ്വരനുണ്ടെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും അത് ഏകമാണോ അനേകമാണോ അതിന് രൂപമുണ്ടോ രൂപമില്ലയോ ഈ തരത്തിൽ അതിന്റെ വിശേഷതയെ കുറിച്ചാണ് വിവാഹം നടക്കുന്നത് നൈസന്റെ അസ്തിത്വത്തിൽ അതുകൊണ്ട് അങ്ങനെ അതിന്റെ വിശേഷരെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല അത് ഗ്രഹിക്കണമെന്ന് എന്ത് ചെയ്യണം അക്രത്തുഹു ഇവിടെ പറയുന്നു അകാമ അകാമനായിരിക്കണം അക്രത്തുഹു അകാമൻ കാമനയില്ലാത്തവനായിരിക്കണം ബുദ്ധി ഈ ലോകത്തിൽ അനുഭവയോഗ്യമായിരിക്കുന്ന വിഷയങ്ങൾ അദൃഷ്ടമായിരിക്കുന്ന പരലോക വിഷയങ്ങൾ അങ്ങനെ ദുഷ്ടവും അദൃഷ്ടവുമാവുന്ന ബാഹ്യ വിഷയങ്ങളിൽ നിന്നും ഉപരതബുദ്ധി ബുദ്ധി ഉപരമിച്ചവൻ ബുദ്ധിക്കുപശമനം വന്നവർ അങ്ങനെയുള്ളവനെ ഇതിനെ അറിയുന്നു ഇതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്നു ഇതിന്റെ വിശേഷത അറിയുന്നു എന്താണ് അവന്റെ വാസ്തു അസ്വരൂപം എന്നുള്ളത് അങ്ങനെയുള്ളവനെ അറിയുന്നുള്ളു അല്ലാത്തവരുന്നില്ല അതെങ്ങനെ അറിയുന്നു അകാമനായിട്ടുള്ളവനാണ് അടുത്തു പറയുന്നത് യഥാചൈവം തന ആദീനി മനസ്സു തുടങ്ങിയ കർണങ്ങൾ അതാണെന്ത് ധാതവ ഇവിടെ പറഞ്ഞ ധാതുപ്രസാദാദ് ധാതു എന്ന് പറയുന്നത് എന്താണ് മനസ്സ് തുളഞ്ഞ കർണങ്ങൾ മനസ്സ് ഇന്ദ്രിയങ്ങൾ ഇതൊക്കെയാണ് ധാതുക്കൾ എന്തുകൊണ്ടുതന്നെ ധാതുക്കൾ എന്ന് പറയുന്നത് ശരീര സ്വീധാരണ ശരീരത്തെ നിലനിർത്തിയിരിക്കുന്ന ഇതാണ് സമയമാണോ ഇത് ശരീരത്തിൽ നോട്ട് പോകുന്നൊക്കെ ശരീരം നശിച്ചു പോകും മനസ്സ് പ്രാണന്മാര് ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ അന്ധകരണം ഇതിനെയെല്ലാം ധാതുക്കൾ എന്ന് പറയുന്നതാണ് ധാതവഹ ശരീരസി ധാരണ പ്രസീദന്തി ഇതെപ്പോഴാണോ ഇതിന് പ്രസീദന്തി ഇതിനെപ്പോഴാണോ പ്രസാദം ഉണ്ടാവുന്നത് യേശാം ധാതുവിനാം പ്രസാദ ഈ കരണങ്ങളുടെ പ്രസാദം കൊണ്ട് കർണപ്രസാദ് മറ്റു പറഞ്ഞാൽ അന്ധകർണ ശുദ്ധി എന്ന് പറയുന്നു അന്ധകർമ്മശുദ്ധി എന്ന് പറയുന്നതോടെ കേവലം അന്ധക്കർണം മനസ് ബുദ്ധി വിത്തമഹങ്കാരം ഈ നാല് രൂപത്തിലിരിക്കുന്ന അന്ധകർമ്മം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല അന്ധകർമ്മം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളും പ്രാണന്മാരും എല്ലാം ഉണ്ട് എല്ലാം അന്ധക്കർണ അന്തർ ഉള്ളിലുള്ള കർമ്മമാണ് ഇന്ദ്രിയങ്ങളുമായി ഉൾപ്പെടുന്നു അന്ധകർണശുദ്ധി എന്ന് പറയുന്നത് കേവലമായ മനസ്സിന്റെ ശുദ്ധിയുടെ ഇന്ദ്രിയ ശുദ്ധി മനഃശുദ്ധി പ്രാണന്റെ ശുദ്ധി എല്ലാം വരുന്നു അതാണ് പറയുന്നത് യേഷാം ധാതൂനാം പ്രസാദം അത് ഈ ധാതുക്കളുടെ പ്രസാദമുണ്ട് മനഃശുദ്ധിയുണ്ട് പ്രാണശുദ്ധിയുണ്ട് ഇന്ദ്രിയ ശുദ്ധിയുണ്ട് ഇതെല്ലാം ശുദ്ധമാവുന്നു പ്രാണന്റെ ഇന്ദ്രിയുടെ എല്ലാം ശുദ്ധി എന്താണ് അത് സാത്വികമായ ഭാവത്തിൽ നിൽക്കുക അതാണ് അതിന്റെ ശുദ്ധി എന്ന് അത് സാത്വിക അഭിവൃദ്ധി അതിൽ സാത്വിക ഗുണം വൃദ്ധമാണ് അതാണ് അതിന്റെ ശുദ്ധി എന്ന് പറയുന്നത് അങ്ങനെയുള്ള യുദ്ധാതുക്കളുടെ പ്രസാദുദ്ധികൊണ്ട് ആത്മനഹിമാനം കർമ്മനിമിത്തുക്ഷരഹിതം വശി അങ്ങനെ ഈ അന്ധക്കരണ ശുദ്ധികൊണ്ട് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും പ്രാണന്മാരുടെയും എല്ലാം ശുദ്ധികൊണ്ട് ആത്മാവിന്റെ മഹിമാനം മഹിമാനം ആത്മനഹ തന്റെ ആ മഹിമയെ എന്താണ് മഹിമ എന്ന് പറയുന്നത് വരുന്ന വൃദ്ധിക്ഷയങ്ങൾ കർമ്മം കൊണ്ട് ആത്മാവിന് വൃദ്ധിയും ക്ഷയവും വരുന്നു കർമ്മം കൊണ്ട് ആ ജീവന് ശ്രേഷ്ഠമായ ജന്മങ്ങൾ ലഭിക്കുന്നതിന്റെ വൃദ്ധി നികൃഷ്ടമായ ജന്മങ്ങൾ ലഭിക്കുന്ന അതിന്റെ ക്ഷയം അതിനുള്ള വൃദ്ധിക്ഷയങ്ങൾ ജീവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജീവൻ കരുതുന്നു ഞാൻ മനുഷ്യ ജന്മത്തിലാണ് അത് തിരിച്ചുകളുടെ ജന്മത്തെക്കാൾ ശ്രേഷ്ഠമായ അവിടെ വൃദ്ധിയെ അനുഭവിക്കുന്നു കർമ്മം ജന്മം ലഭിച്ചത് പക്ഷെ അവിടെ ആത്മാവിന് വൃദ്ധിയുണ്ടായതായി ശ്രേഷ്ഠ ഉണ്ടായതായി അയാൾ കരുതുന്നു ഇനി കർമ്മം ചെയ്ത് ദൈവത്വത്തു പ്രാപിക്കണം ഗൗലി ആത്മാവിന് തനിക്ക് ശ്രേഷ്ഠ വൃദ്ധി കരുതുന്നു ദുഷ്പ്രവൃത്തിയും ചെയ്തു വീണ്ടും പ്രാണികളുടെ ജന്മം ഉണ്ടാവുമെന്ന് വരുന്നു അത് ആത്മാവിന് ക്ഷയം സംഭവിക്കുന്നു ഇങ്ങനെയുള്ള കർമ്മനിമിത്തമായ വൃതിക്ഷയങ്ങൾ ജീവൻമാർ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ സങ്കല്പിക്കുക അങ്ങനെയുള്ള വൃതിക്ഷയരഹിതമാണ് ആത്മാവ് അങ്ങനെ ആത്മാവിനെ അറിയാം അങ്ങനെയുള്ള ആത്മാവിനെ കാണുന്നു എങ്ങനെ അയം അഹമസ്മി താൻ ആ പരമാത്മ വസ്തു തന്നെ ഇത് സാക്ഷാത് വിജാനാദി സാക്ഷാത്കരിക്കുന്നു അങ്ങനെ സാക്ഷാത്കരിക്കുന്നുണ്ട് ധാതുപ്രസാദം കൊണ്ട് ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നു അതാണ് മുഖ്യമായ സിദ്ധാന്തം അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വിശദീകരിച്ചത് ഈ സാക്ഷാത്കാരം സാക്ഷാത് വിജാനാദി സാക്ഷാത്കാരം അത് അന്തിമമാണ് ആ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് ഇവിടെ നദീവേസി ചോദിച്ചത് ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ച് ചോദിക്കാമെന്ന് ഞാൻ ആത്മാവിന്റെ സാക്ഷാത്കാരത്തെക്കുറിച്ച് ചോദിക്കാവുന്നതാണ് പക്ഷേ ആത്മാവിന്റെ നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആത്മാവിന്റെ സാക്ഷാത്കാരത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് മുഖ്യമായൊരു വിഷയം തരുന്ന അധികാരി അധികാരിയാണ് പ്രധാനമായി വരുന്നത് അധികാരികയെ ആ ചോദ്യം കൊണ്ടും ഉത്തരം കൊണ്ടും പ്രയോജനമാണ് മുഖ്യമായ പ്രയോജനം കിട്ടത്തൂടെ ഒരു ചോദ്യം ഉണ്ട് എന്താണ് ധീരനായ നഗരീതന് മൂന്നാമത്തെ ഒരു വരം കൊണ്ട് തന്നെ എല്ലാം ലഭിക്കുമായിരുന്നുണ്ട് മൂന്നാമത്തെ വരം എന്ന് പറയുന്നത് ആത്മലാഭം മറ്റൊന്നും ഇവിടെ ലഭിക്കുക എന്ന് മൂന്നാമത്തെ വരം കൊണ്ട് വേറെ ഒന്നും ലഭിക്കത്തില്ല അതുകൊണ്ടെല്ലാം മോശമാണ് മറ്റു രണ്ടുപരങ്ങളുടെയും ആവശ്യമുണ്ടായിരുന്നു ഇത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു തരുന്ന കാര്യമാണ് ഭാഷകാരണം ആദ്യം തുടങ്ങി ആദ്യം തന്നെ ഇത് പ്രസാദം അച്ഛന്റെ സന്തോഷമാണെന്നാണ് ചോദിച്ചത് തനിക്ക് വേണ്ടിയല്ല അച്ഛന്റെ സന്തോഷം ആവശ്യപ്പെട്ടു പിന്നെ ഒരു കർമ്മത്തെക്കുറിച്ച് ചോദിച്ചു ഉപാസനയെക്കുറിച്ച് ചോദിച്ചു അതെല്ലാം അതാതിന് അധികാരികളായിട്ടുള്ളവർക്ക് വേണ്ടി ചോദിച്ചിരിക്കുകയാണ് എത്ര സ്ഥിരപ്രജ്ഞനായാലും മാതാപിതാക്കളെ കുറിച്ച് ആശങ്ക ഉണ്ടാകുമെന്നാണോ സ്ഥിരപ്രജ്ഞന്മാർക്കൊരാശങ്ക മാതാപിതാക്കളെ കുറിച്ചോ തന്നെ കുറിച്ചോ ആരെയും കുറിച്ച് യാതൊരു ആശങ്കയുമില്ല ആ നമുക്ക് ആശങ്ക ഉണ്ടാകാം സ്ഥിരപ്രജ്ഞൻ ആശങ്കകൾ ഉണ്ടാകുമ്പോൾ എന്നുള്ള ആശങ്ക നമുക്കുണ്ടാകാം സ്ഥിരപ്രജ്ഞൻ അങ്ങനെ ഒരു പ്രശ്നമില്ല മാതാപിതാക്കളെ കുറിച്ചോ അല്ലെങ്കിൽ ആരെ കുറിച്ച് ഒരാശങ്ക പ്രജ്ഞ അതിനാണ് സ്ഥിര പ്രജ്ഞ സ്ഥിരമായ പ്രജ്ഞ അപ്പൊ വാക്കിൽ നിന്ന് തന്നെ അറിയാവുന്നു സ്ഥിതമായ അല്ലെങ്കിൽ സ്ഥിരമായ പ്രജ്ഞ ഇതിന് അവിടെ എങ്ങനെ ആശങ്ക ഉണ്ടാവും ഒന്നും ഉണ്ടാവുന്നില്ല നിങ്ങളുടെ നദീകരിച്ച് ചോദിച്ചു അപ്പൊ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ മാതാപിതാക്കന്മാരുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നു അപ്പോ അത് ലൗഹികന്മാരെ ശ്രദ്ധിക്കുന്ന പോലെയല്ല ആശങ്ക കൊണ്ടല്ല എന്റെ മനസ്സിന്റെ അസ്വസ്ഥത കൊണ്ടോ അല്ലെങ്കിൽ ആശങ്ക കൊണ്ടോ ഒന്നുക അതിന് ആശങ്ക അവരെ പ്രേരിപ്പിക്കണമെന്നില്ല അല്ലാതെ തന്നെ അത്തരം കാര്യങ്ങളില്ല മഹാത്മാ ലോക സേവനത്തിനു വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനങ്ങളെല്ലാം ആശങ്ക കൊണ്ടാണോ ഉത്കണ്ഠ കൊണ്ടാണോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ലോകസംഗ്രഹമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന ബി എസ് തന്നെ കണ്ടു അതിന് അന്തിമമായി ഒരു ജീവന്റെ അന്തിമമായ ആ പരിണാമമാണ് മോക്ഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു പക്ഷെ അതിന് അധികാരികൾ വിരളമാണ് ലോകത്തിൽ കൂടുതൽ അധികാരികളായിട്ടുള്ളത് ഉപാസനയ്ക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ട് മറ്റൊന്നും ചോദിച്ചു ചോദിക്കുന്നത് തനിക്ക് വേണ്ടി മാത്രമാണ് എല്ലാം ഗുരു ഉപദേശം എന്ന് ശിഷുവിനെ മിമിത്തമായും ഗുരു ഉപദേശിക്കുന്നു ലോകത്തിന് വേണ്ടിയിട്ട് ഇവിടെ അത് നിയമദേവൻ നജികേശിനെ മിമിത്തമായി ഉപദേശിക്കുന്നു ലോകത്തിന് വേണ്ടി അപ്പൊ ലോകത്തിന് ആവശ്യം പലതാണ് ഒന്നല്ല അധികാരി ഭേദമനുസരിച്ച് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനം മാത്രം അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുമ്പോൾ എല്ലാം വരും ഇവിടെ പറഞ്ഞിട്ടുള്ള അതാണ് മുഖ്യം അപ്പൊ നമ്മൾക്ക് പൊതുവെ അതിനോട് താല്പര്യം ഉണ്ടാകത്തില്ല നമുക്ക് താല്പര്യം എപ്പോഴും തത്വ അതിന് പ്രയാസം കേട്ട് കഴിഞ്ഞാൽ കാരണമാണ് സർവവ്യാപകമാണ് അവിടെ ചെയ്യാനൊന്നും കേട്ടാൽ മതി മറ്റാൻ്റെ എന്ന് പറയുമ്പോൾ അവിടെ പ്രവർത്തിക്കാനുണ്ട് അധ്വാനിക്കണം അതുകൊണ്ട് ആഘാരം നമ്മൾ മാറ്റിവെക്കും അതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയേണ്ട കാര്യമില്ല നമുക്ക് എളുപ്പമുള്ള കാര്യം മനസ്സിലാക്കണം ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ബ്രഹ്മവിദ്യ പറയും അത് വേദം എന്ന് പറയുന്നത് തന്നെ എന്താണ് വ്യതിശാസ്ത്രമാണ് ഒറ്റ ശാസ്ത്രമാണ് അത് ഓരോ പടി ഓരോ ഓരോ അധികാരങ്ങളും ഉദ്ദേശിച്ചാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ലൗകികമായ കർമ്മങ്ങൾ ചെയ്ത് യാതൊരു പരലൗക ഒന്നും കൂടാതെ കൃതരായ മന മനുഷ്യർ അവരെ ഈ ലൗകിക കർമ്മങ്ങൾ അതിന് മൃത്യു എന്ന് പറഞ്ഞു അതിൽ നിന്ന് മാറ്റി ഒരു പരലോകചിന്ത ഉണ്ടാകും ആ പരലോക ചിന്ത ഉണ്ടാകുമ്പോൾ അവന് ധർമ്മധർമ്മ വിചാരം ധർമ്മം സദാചാരം ചിലത് അവിടെ പ്രസക്തി അല്ലെങ്കിൽ മൃഗങ്ങളെക്കൂടെ ആയി പോകും അവർക്ക് പരലോകചിന്തയില്ല പുണ്യപാപ വിചാരമില്ല സഹജമായ പ്രേരണയനുസരിച്ച് ജീവിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് അവനെ മാറ്റിയെടുക്കുന്നതിന് കർമ്മങ്ങളെക്കുറിച്ചും അത് പറയും അപ്പൊ അത് ഈ ഒരു ഭാഗമാണ് അവനത്രയും പുരോഗമിക്കുന്നു പക്ഷെ അതിൽ നിന്ന് അതിന്റെ ദോഷമാണ് ഗതാഗതം കാമ കാമന്തി പിന്നെ അവൻ അതിൽ നിന്ന് മാറ്റുന്നു പിന്നീട് പലതരത്തിലുള്ള ആ കർമ്മങ്ങൾ തന്നെ നിഷ്കാമ കർമാനുഷ്ഠാനം ഉപാസനകൾ അങ്ങനെ പല എന്നിട്ട് അവസാനം തത്വജ്ഞാനത്തിലെത്തിക്കുന്നു ഈ എല്ലാ ഭാഗങ്ങളും വേണ്ടിയുള്ള അധികാരികളിവിടെയുണ്ട് അപ്പൊ ആ അധികാരികൾക്ക് വേണ്ടിയിട്ടാണ് ശാസ്ത്രം ഓരോരോ അധികാരികൾക്ക് വേണ്ടി അല്ലാ തത്വജ്ഞാനം മാത്രം പറയുന്നാണ് ശാസ്ത്രം എന്ന് പറയുന്നത് അധികാരിക്ക് മാത്രമേ തത്വം ഞാനുകൊണ്ട് പ്രയോജനമുള്ളൂ കർമാധികാരിക്ക് കർമ്മം ഉപാസനയ്ക്ക് അധികാരികളായിട്ടുള്ളവർക്ക് അവർക്ക് അത് ജ്ഞാനത്തിന് അധികാരിയായിട്ടുള്ളവർക്ക് അത് അതുകൊണ്ട് നവീതശ്വര നീക്കം ഇവിടെ യമദേവൻ എന്നുവരുന്ന ഒരു ഗുരു ആ ഗുരു ഒരു ശിഷ്യനെ നീക്കമാക്കി ലോകത്തിന് പല കാര്യങ്ങളും ഉപദേശിക്കുന്നു ഓരോരുത്തരെയ അധികാരി ഭേദമനുസരിച്ച് അത് ഇവിടെയല്ല അധ്യാത്മശാസ്ത്രത്തിൽ സർവസ്ഥലങ്ങളിലും അത് ഇത് ഈ രീതിയിൽ തന്നെയാണ് വിശദീകരിക്കുന്നത് അതുകൊണ്ടുമെല്ലാം ഓരോരോ അധികാരികൾക്ക് വേണ്ടി നവീയസിന് നിമിത്തമായി യമദേവൻ ഉപദേശിക്കുന്നു അല്ലെങ്കിൽ നവീയസ് അങ്ങനെ ചോദിക്കുന്നു ഗീതമ്മൾ അർജുനനും ഭഗവാനോട് ചോദിക്കുന്നു ഭഗവാന് ഉപദേശം ഓരോ അവസ്ഥയിലും ഓരോന്നും ആവശ്യമാണ് എന്ന് സ്വീകരിച്ചിരിക്കുന്ന ഒരു ഇതാണ് അദ്വൈതം അദ്വൈതപരമായിട്ടാണ് ഇതിനെ ഇവിടെ ലേഖാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് എല്ലാത്തിനും ഉൾക്കൊള്ളാൻ പറ്റും അതാണ് അതിന്റെ വിശേഷം അതുകൊണ്ടുകൂടെ നജീയേസ് ചോദിക്കുന്നത് ഭിന്ന അധികാരികൾക്ക് വേണ്ടിയിട്ട് നജീയേസ് ഏതിനാ ജ്ഞാനപ്രാപ്തിക്കോനാണ് നജീയേസിന് അത്യാവശ്യം മറ്റുള്ളവർക്ക് അത് അങ്ങനെ ചോദിക്കുന്നതും അങ്ങനെ പ്രവർത്തിക്കുന്നതും എന്നാണ് അതുകൊണ്ട് അങ്ങനെ ഉപദേശിക്കുന്ന ആളിനോ അങ്ങനെ ചോദിക്കുന്ന ആളിനോ മറ്റെന്തെങ്കിലും വികല്പങ്ങൾ ഉണ്ടാണെന്ന് കരുതാൻ പാടില്ല എന്നാൽ അതുകൊണ്ട് ഇവിടെ മാതാപിതാക്കളെ കുറിച്ചുള്ള ആശങ്ക കൊണ്ട് ഏകീയസംഗങ്ങൾ ചോദിച്ചു ആശങ്ക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ലൗകികമായ ആശങ്ക അതൊന്നുമില്ല ഐകീ ദിവസം എന്ന് പറയുന്നത് വളരെ പ്രബുദ്ധമായ ഒരു മനസിന്റെ ഉടമസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അവിടെ സാധാരണ ലെവലിലുള്ള ഉത്കണ്ഠകളും ആശങ്കകളും അജ്ഞാന പ്രേരിതമായ ആശങ്കകളൊന്നും അവിടെ ഇല്ല കുറച്ച് വിവേകപൂർവമായി അപ്പോ ഗുരുക്കന്മാരും എന്തു ചെയ്യുന്നു ലോകത്തോട് കാരുണ്യം കൊണ്ട് ലോകത്തോടുള്ള കാരുണ്യം കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യന്റെ ഉഖണ്ഠകളും ആശങ്കകളും കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നതിന് അർത്ഥമില്ല സാധാരണ മനുഷ്യന്റെ ഉഖണ്ഠകളും ആശങ്കകളും ഒക്കെ അവരുടെ ആ സ്ഥിരപ്രജ്ഞ ഒക്കെ ഹനിക്കുന്ന ഇതങ്ങനെയല്ല നിന്നുകൊണ്ട് തന്നെ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കാം അവരിക്കുന്നു അവരുടെ പ്രജ്ഞാസ് ഭംഗിക്കത്തില്ല അനുനശിപ്പിക്കത്തില്ല അപ്പൊ സാധാരണ ദൃഷ്ടി നോക്കുമ്പോൾ ആ മഹാത്മാക്കളും ചിലപ്പോ എന്താണ് ലോക സാധാരണ മനുഷ്യനെ പോലെ പ്രവർത്തിച്ചെന്ന് വരാം ബാഹ്യദൃഷി അവരെ പോലെ ഉത്കണ്ഠപ്പെട്ടെന്ന് വരാം ദുഃഖ മറ്റുള്ളവന്റെ ദുഃഖം കണ്ടിട്ട് വിലപിച്ചെന്ന് വരാം ആശ്ചര്യപ്പെട്ടെന്ന് അതെല്ലാം ബാഹ്യമായ ദൃഷ്ടി പക്ഷെ അങ്ങനെ ബാഹ്യമായ ദൃഷ്ടിയിൽ സാധാരണ മനുഷ്യരെ പോലെ ഉള്ള ചേഷ്ടെയ്താലും ആന്തരികമായ അവരുടെ അവസ്ഥ അതൊന്നും ഭജിക്കുന്നില്ല അതാണ് സാധാരണ മനുഷ്യനും ഇവിടെ പറയുന്ന സ്ഥിതപ്രജ്ഞനെന്നുള്ള വ്യത്യാസം ഈ സ്ഥിതപ്രജ്ഞനെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ അതിനെക്കുറിച്ച് ധരിച്ചിരിക്കുന്ന ചില തെറ്റായ ധാരണകളുകൊണ്ടാണ് അതായത് സ്ഥിരപ്രജ്ഞ അതാന്ന് പറയുന്നത് ബാഹ്യമായ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കണക്കാൻ പറ്റിയ ഒന്നല്ല അത് സ്ഥിരപ്രജ്ഞ ലക്ഷണത്തെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ പറയുന്നത് അത് മുമ്പ് വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് അത് മനസ്സിൽ ഈ ചോദ്യം ചോദിക്കുന്നത് അതായത് ബാഹ്യമായ ഒരു വ്യക്തിയുടെ ഏതെങ്കിലും പ്രവർത്തനം കണ്ടുകൊണ്ടോ ഇയാൾ സ്ഥിരപ്രജ്ഞനാണോ അല്ലയോ നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല ശരിക്കും ാഹ്യമായ പ്രവൃത്തികളിൽ അങ്ങനെയാണെന്ന് കരുതി ഒരാൾ സ്ഥിരപ്രജ്ഞനാവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കൃത്രിമമായ സ്ഥിരപ്രജ്ഞനായിരിക്കും നമ്മളങ്ങനെ ധരിക്കുന്നു ബാഹ്യമായി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നാലും സ്ഥിരപ്രജ്ഞനാവും എന്ന് കേട്ടിട്ട് നമ്മൾ അതുപോലെ ആകാശനപ്രജ്ഞ ആന്തരികമായ ആനന്ദം അതനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് സ്ഥിരപ്രജ്ഞ എന്നാ ഞാൻ സ്ഥിരപ്രജ്ഞനാണ് ഇനി എപ്പോഴും ജനിച്ചുകൊണ്ടിരിക്കുന്നു എപ്പോഴും ചരിച്ചു കൊണ്ടേ ഇരിക്കുക മനസ്സിലിതപ്രജ്ഞ ആൾക്കാർ വിളിച്ചു ഗുളം പാടക്കൊണ്ടു എപ്പോഴും ചിരിക്കുന്നത് രോഗമാണ് അസ്ഥിരപ്രജ്ഞയുടെ ലക്ഷണമായിട്ട് പറയാൻ പറ്റത്തില്ല ഇനി എന്നാൽ ഇന്ദ്രിയങ്ങളെല്ലാം നിഗ്രഹിച്ച് മനസ്സിനെ ഏകാഗ്രമായി സമാധി ഇരിക്കുന്നതാണ് സ്ഥിരപ്രജ്ഞ എന്ന് പറഞ്ഞ എപ്പോഴും കണ്ണും കൂട്ടി ധ്യാനിച്ചിരുന്നു കഴിഞ്ഞാൽ അസ്ഥിരപ്രജ്ഞനാവൂ എന്ന് അങ്ങനെ ഇരിക്കാം എന്ന് ചോദിച്ചാൽ കഴിയത്തില്ല പക്ഷെ അങ്ങനെ കൃത്രിമമായി ബലാത്കാരമായിട്ട് അങ്ങനെ ഇരുന്ന സ്ഥിരപ്രജ്ഞനാണ് ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാകത്തില്ല അതെല്ലാം ബാഹ്യമായ അനുകരണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൊണ്ട് കാണിക്കുന്നതാണ് സ്ഥിതപ്പുറം എന്ന് നമ്മുടെ ബാഹ്യമായ ദൃഷ്ടിക്ക് വെളിപ്പെടാത്തതും ഒരു മഹാത്മാവിന്റെ ആന്തരികമായ ഭാവമാണ് ആണ് ഒരു രീതിയിലും നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല ഇന്ന് അവരുടെ വാക്കും പ്രവൃത്തിയെല്ലാം ചിലപ്പോൾ അതിന്റെ സൂചകങ്ങളാ കാരണം ഒരു മഹാത്മാവിനെ അവരുടെ വാക്കും പ്രവർത്തി ചിലപ്പോൾ അതിന്റെ ഒരു സൂചകങ്ങളായി വരാം അതൊന്നും ഒരിക്കലും ബോധപൂർവം കൃത്രിവുമായി നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഉണ്ടാക്കുന്നതല്ല കാരണം നമ്മുടെ ഒരാൾ സ്ഥിരപ്രജ്ഞ ഉണ്ടാക്കാൻ പോയാൽ അത് തന്നെ അയാളുടെ പ്രജ്ഞയെ അങ്ങനെ ഒരാൾ ഉണ്ടാക്കുന്നതല്ല സഹജമായ ഭാവമാണ് സ്ഥിതപ്രജ്ഞനെന്ന് പറയും അതിന്റെ ഇപ്പോ ഉത്കണ്ഠനാണെന്നും ബാഹ്യമായി ഇപ്പൊ നജീദേശ് എന്റെ അച്ഛനെന്താകും സന്തോഷമാണോ സങ്കടമാണോ ഞാൻ പോയിട്ട് ദുഃഖിക്കുകയാണോ ഇങ്ങനെയൊക്കെ ഉത്കണ്ഠം ഉണ്ടാവും നജീദേശിനെ നമ്മളൊരു സ്ഥിരപ്രജ്ഞനായി എടുക്കാം അപ്പൊ സ്ഥിരപ്രജ്ഞനായാലാണ് അങ്ങനെ ഒരു ഉത്കണ്ഠം ഉണ്ടാവാമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം അങ്ങനെയുള്ള ഉത്കണ്ഠങ്ങൾ ഉണ്ടാവാം അതുകൊണ്ടാണ് സ്ഥിരപ്രജ്ഞന എന്ന് പറയാൻ പറ്റത്തിന് അതുകൊണ്ട് ചെറുതി ഇപ്പൊ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കും ബാഹ്യമായിട്ടുള്ള ഒരു ശ്രമമാണ് ചിലപ്പോൾ നിർവീകാര ഭാവത്തിൽ ഇരിക്കാൻ ശ്രമിക്കും കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഒരു ഭാവങ്ങളുമല്ല സ്ഥിതപ്രജന സുഖവും ദുഃഖവും വരാൻ പാടില്ല എന്ന് ഗീവി പറയുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് സുഖമുണ്ട് ദുഃഖമില്ല അങ്ങനെയൊരു ഭാവത്തിരിക്കാം ചിരിക്കത്തിന്റെ അറിയത്തില്ല അങ്ങനെ അങ്ങനെയൊക്കെ കൃത്രിമമായിട്ട് ആകാൻ വേണ്ടി ശ്രമിക്കുന്നത് അതൊന്നും വാസ്തവത്തിലുള്ള സ്ഥിതപ്രജന അല്ല ബാഹ്യമായ ഭാവങ്ങളിലൂടെയൊന്നും പ്രകടിപ്പിക്കുന്ന ആന്തരികമായ സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നത് അതൊന്നും ഇതിനെ കുറിച്ചുള്ള ശരിയായ തിരിച്ചറിവില്ലാത്ത കൊണ്ട് മനുഷ്യൻ കാണിക്കുന്ന ഗോഷ്ടീയമാണ് സ്ഥിതപ്രജ്ഞ കൊടുത്ത് കേവലമായ ആന്തരികമായ ഭാവം അത് ഗീതാഭാഷത്തിൽ തന്നെ സ്ഥിതപ്രജ്ഞത്തിന്റെ തുടക്കത്തിൽ എടുത്തു വച്ചിട്ടുണ്ട് അത് നമ്മളെ വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് അത് ഒരിക്കലും അങ്ങനെയല്ല അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്ന പിന്നെ ഈ പറയുന്നത് കൊണ്ടല്ലോ ദ്വന്ദ്വാതീതം വിമത്സരം എന്നൊക്കെ പറയുന്ന ആന്തരികമായ ഭാവങ്ങൾ ബാഹ്യമായ ഭാവങ്ങൾ അല്ല ബാഹ്യമായ ഭാവങ്ങൾ ചിലപ്പോ ചില സൂചനകളാകും അല്ലാതെ അങ്ങനെ അറിയാൻ പറ്റത്തില്ല എന്നാൽ അങ്ങനെ പിന്നെ എങ്ങനെ ഒരാളെ തിരിച്ചറിയും അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ബാഹ്യമായ തിരിച്ചറിയാൻ പറ്റത്തില്ല ആന്തരികമായി ഒരാൾ ശരിയായ ജിജ്ഞാസമാണെങ്കിൽ അയാൾക്ക് അയാളുടെ ആന്തരികമായി ഈശ്വരൻ അയാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നാണ് അന്നിന് പറയുന്ന സമാധാനം അല്ലാതെ അയാൾപ്പെടുന്നില്ല അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത് അതിനാണ് നമ്മൾ ശ്രദ്ധ എന്ന് പറയുന്നത് അത് യുക്തിയുടെ വിഷയമാണ് വിചാരത്തിന്റെ വിഷയമാണ് അവിടെ കേവലമായ ശ്രദ്ധ മാത്രം അതായത് ഇപ്പോ ഇത്രയധികം ആൾക്കാർ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂടിയിരിക്കുന്നു അപ്പൊ എന്താണ് അതിന്റെ പിന്നിലുള്ളത് അത് അത് ശ്രദ്ധ അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത് അപ്പോ ഒരു ഗുരുവിലുള്ള ശ്രദ്ധ ആ ശ്രദ്ധയാണ് ഇവിടെ അപ്പോൾ എങ്ങനെയാ ശ്രദ്ധ ഉണ്ടാവുന്നു ആ ശ്രദ്ധ എന്ന് പറയുന്നത് ഈശ്വരൻ വെളിപ്പെടുത്തി തരുന്നതാണ് എന്നെ അതിനെ കുറിച്ച് പറയാൻ പറ്റും നമ്മുടെ യുക്തിക്കോ അല്ലെങ്കിൽ ബുദ്ധിയുടെ ഒരു വിഷയം അല്ല ആ ശ്രദ്ധ എന്ന് നമ്മളൊരു ഗുരുവിന്റെ സന്നിധി കഴിയും ആ ശ്രദ്ധയിൽ ഒരാൾക്ക് കഴിയാൻ പറ്റത്തില്ല എപ്പോഴാണ് അയാൾക്ക് ആ ശ്രദ്ധ നഷ്ടപ്പെടുന്നത് പിന്നെ ഒരു ഗുരുവിന്റെ സന്നിധിയിൽ ഒരാൾക്ക് കഴിയാൻ പറ്റത്തില്ല അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഗുരുവിനെ മനസ്സിലാക്കി ഗുരുവിന്റെ സ്ഥിതപ്രജ്ഞയെ മനസ്സിലാക്കിയിട്ടാണോ ഒരിക്കലും ഉണ്ട് ആന്തരികമായ ശ്രദ്ധ എന്ന് പറയുന്നത് അതിനെ ശ്രദ്ധ അവിവേസ് അതുപോലെയുള്ള ഒരു ശ്രദ്ധയാണ് അത് നമുക്ക് വേറെ ആളിനെ പഠിപ്പിക്കാനോ പഠിക്കാനോ പറ്റിയൊരു കാര്യമില്ല അത് അത്ര ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരീയമായി ഉണ്ടാവുന്നു എന്ന് പറയാൻ പറ്റും അത് ബാഹ്യമായ ഏതെങ്കിലും ഒരു തിരിച്ചറിവിലൂടെ ഉണ്ടാകും അറിയാവുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരവസ്ഥാ വിശേഷമാണ് അത് ഇവിടെ അടുത്ത ഒരു ചോദ്യം വന്നിരിക്കുന്ന അന്ധക്കരണ ശുദ്ധിയുണ്ട് നിഷ്കളങ്കത എന്ന് ഉദ്ദേശമുണ്ടോ തീർച്ചയായിട്ടും പക്ഷേ ഈ നിഷ്കളങ്കത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്ന മണ്ടത്തരത്തിന് അത് അത് രണ്ടും തിരിച്ചറിയണം നിഷ്കളങ്കനും മണ്ടലും രണ്ടും രണ്ടാണെന്ന് തിരിച്ചറിയണം ഈ അണ്ടക്കണ സുദ്ധികൊണ്ട് മണ്ടനാകുമോ എന്നാണെങ്കിൽ അണ്ട നിഷ്കളങ്കതെന്ന് പറയുന്നത് മണ്ടത്തരം അല്ല സാധാരണ നമ്മൾ നിഷ്കളങ്കത എന്ന് പറയുന്നത് മണ്ടത്തരത്തെ പറയുന്നത് അതായത് ഒരു കൊച്ചുകുഞ്ഞ് അതിന്റെ നിഷ്കളങ്കത എന്ന് പറയുമ്പോൾ അതിന് മറ്റ് കാര്യങ്ങളെ കുറിച്ച് നമ്മളൊരു തിരിച്ചറിവില്ല അതൊരു നിഷ്കളങ്കത അലങ്കാരികമായി പറയാണ് കാരണം അവന്റെ ഉള്ളിൽ എല്ലാ തരത്തിലുള്ള ദുറവാസനകളും സിംഹവും വിനിയും കടുവയുമെല്ലാം ഉറങ്ങി കിടക്കുന്നുണ്ടാവും അപ്പം അവന് നമുക്ക് നിഷ്കളങ്കം എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ബാഹ്യമായ അതൊരു നിഷ്കളങ്കമായ പക്ഷെ വാസ്തവത്തിനവൻ നിഷ്കളങ്ക ഉണ്ടാവുക കാരണം അവന് വളർന്നു വന്നു കഴിഞ്ഞാൽ അവൻ ആരായിത്തീരും എന്തൊക്കെ വാസനകളാണുള്ളത് അപ്പോൾ യഥാർത്ഥത്തിലുള്ള നിഷ്കളങ്കതെന്ന് പറയുന്നത് മനസ്സിൽ ഉള്ള അത്തരം വാസനകളിലൂടെ നശിക്കുന്നതാണ് കാരണം ക്രോധ വികാരങ്ങളെല്ലാം ഉപശമിക്കുന്നതാണ് നിഷ്കളങ്കനാന്ന് പറയുന്നത് സാധാരണ രീതിയിൽ മനുഷ്യരുടെ കാണുന്ന ബുദ്ധിശൂന്യല്ല നിഷ്കളങ്കനാകുന്നത് കാരണം നമ്മളൊരു വ്യക്തിയെ കണ്ടിട്ട് അയാൾ നിഷ്കളങ്കൻ എന്ന് പറയുമ്പോൾ പൊതുവെ അയാൾ മണ്ഡലം എന്നുള്ള അർത്ഥമേയാണ് വരുന്നുള്ളൂ സാധാരണഗതി കാരണം അയാളുടെ ഉള്ളിലും കാമക്രോധാദി വികാരങ്ങളെല്ലാം ഉപശമിക്കുന്നുണ്ടെങ്കിൽ ആ പറയുന്നത് ശരിയാണ് അയാൾ നിഷ്കളങ്കനാണ് അത്തരം വികാരങ്ങൾ ഉള്ളിൽ ഇല്ലാതാവുന്നുണ്ടോ അതാണ് കാമക്രോധാദിണ്ടാതാകുന്നുണ്ടോ നിഷ്കളങ്കനാവും അർത്ഥത്തിന് നിഷ്കളങ്കത എടുക്കാവും ശാസ്ത്രങ്ങളിൽ പ്രത്യേകിച്ച് അദ്വീപാസ്ത്രത്തിൽ നിഷ്കളങ്കത സംഭവിക്കുന്നവർക്കാണ് സാക്ഷാത്കാരം എന്നും പറയുന്നുണ്ട് തീർച്ചയായി പറയുന്ന രീതി നിഷ്കളങ്കത എന്ന് പറയുന്നതിന് ചിത്തശുദ്ധി രണ്ടും ഒന്ന് തന്നെ രണ്ടല്ലം എന്ന് പറയുന്നത് അശുദ്ധി അതില്ലാതിരിക്കുന്നതാണ് നിഷ്കളങ്കം എന്ന് പറയുന്നത് അതിൽ ചിത്തശുദ്ധി എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെ രണ്ടി രണ്ടാ രണ്ടു പദങ്ങളും അങ്ങനെ നമ്മൾ സാധാരണ നിഷ്കളങ്ക എന്താന്ന് പറയുന്നത് വിവേകമില്ലായ്മ അതിനകളങ്കം ഒരു കുട്ടിയുടെ പ്രവൃത്തി നിഷ്കളങ്കനാണ് അതിന് മാനാപമാനങ്ങളില്ല അത് വിവേകമില്ലാന്നെയാണ് അത് നിഷ്കളങ്കര അത്തരം വിവേകമില്ലായ്മ നമ്മൾ നിഷ്കളങ്കരെന്ന് പറയും അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ശിശുവിനെ പോലെ നിഷ്കളങ്കം എന്ന് പറയും ശിശു എങ്ങനെയാണ് നിഷ്കളങ്കമാകുന്നു വിവേകമില്ല എന്ന് ആണത് നിഷ്കളങ്കത നിഷ്കളങ്കത എന്ന് പറയുന്നത് കാമപ്രരോധങ്ങളില്ലാതെ ഇരിക്കുന്ന അത് ശിശുവിനൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കൊണ്ട് അതിന്റെ വാസനകളുണ്ട് പ്രബലമായ വാസനകൾ അതിന്റെ ഉള്ളിലുണ്ട് അത് വളർന്നു വരുമ്പോൾ അത് പ്രകടമാണോ അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് എന്ന് പറയാം പക്ഷെ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിനല്ല ഒരു ലൗകികമായ വ്യാവഹാരികമായ അർത്ഥത്തിൽ പറയും അപ്പൊ സാക്ഷാത്കാരത്തിന് നിഷ്കളങ്കത കൂടിയേ തീരും മിക ചിത്രശന്നാണ് അതുകൂടാതെ അവരിക്കാനും സാധ്യമല്ല ഉത്തമ അധികാരിക്ക് നിഷ്കളങ്കത അപ്പൊ നിഷ്കളങ്കതാരദ്ദേശിക്കുന്ന നിഷ്കളങ്കത എന്ന് പറയുന്നത് ഈ കുട്ടികളിലും മറ്റും കാണുന്ന പോലെയുള്ള വിവേകളുണ്ടായുന്നതാണ് അതല്ല ഇവിടെ നിഷ്കളങ്കത എന്ന് പറയുന്ന അധ്യാത്മ ശാസ്ത്രത്തിൽ അത് അന്തക്കന്റെ അവസ്ഥയാണ് കാമക്രോധങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് ആ ശുദ്ധി ആ ശുദ്ധിയാണെങ്കിൽ ഉത്തമധികാരിക്ക് അത് തന്നെയാണ് വേണ്ടത് എന്നാണ് ആ സാധാരണ നമ്മൾ കുട്ടികളിൽ കാണുന്ന വിവേകരാഹിത്യ വേണ്ട നമ്മൾ ധരിച്ചു വളരെ അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ധാതുപ്രസാദം എന്ന് പറഞ്ഞാൽ തന്നെയാണ് അന്തക്കണ്ണങ്ങളുടെ മനസ്സിന് കാരണം അന്തക്കണ്ണങ്ങളുടെ ശുദ്ധി അന്തക്കണ്ണത്തിന്റെ ഇന്ദ്രിയങ്ങളുടെ ശുദ്ധി എന്ന് പറയുന്നു ഇപ്പോ കണ്ണ് അത് ആ ജീവനോ ദോഷം ചെയ്യുന്നതിനെ കാണാതിരിക്കുക ജീവനും ദോഷം ചെയ്യുന്നതിനെ കേൾക്കാതിരിക്കുക അങ്ങനെ കാണാനും കേൾക്കാതിരിക്കുന്നതിനോ ഉള്ള കഴിവ് സാധാരണ ഇന്ദ്രിയങ്ങൾക്കില്ല കാരണം അത് വാസന പ്രേരിതമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ദോഷമുണ്ടെന്ന് മനസ്സിലാക്കിയാലും അത് കാണാൻ ശ്രമിക്കും കേൾക്കാൻ ശ്രമിക്കും അതിനനം ചെയ്യാൻ ശ്രമിക്കും എന്തുകൊണ്ട് വാസനപ്രേരിതമായി അത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അവിടെ നിഷ്കളങ്കതയില്ല ഇത് ശ്രദ്ധിക്കുക ശുദ്ധി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു ദോഷമാണെന്ന് പറഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോകുന്നുണ്ട് മനസ്സ് പിന്നീട് ആ വഴിക്ക് മനസ്സ് മനനം ഉണ്ടാവുന്നുള്ളൂ പ്രവൃത്തി ഉണ്ടാവുന്നുള്ളൂ അപ്പം മാത്രമേ നോക്കൂ നമ്മുടെ മനസ്സ് ശുദ്ധമായി എന്ന് പറയാൻ അങ്ങനെയുള്ള ശുദ്ധമായ മനസ്സിന് മാത്രമേ നിയന്ത്രണം വരുത്തുള്ളൂ ഏകാഗ്രതയും വരുത്തുള്ളൂ അപ്പൊ ആ ശുദ്ധിയുടെ ലക്ഷണമാണ് മനസ്സിന്റെ നിയന്ത്രണം മനസ്സിന്റെ ഏകാഗ്രത എന്ന് പറയുന്നത് അത് ശാസ്ത്രം നിർദ്ദേശിച്ചത് ഇനി അത്തരം ശുദ്ധിയും ഏകാഗ്രിയെന്ന് മനസ്സിലില്ലാത്തവനാണെങ്കിൽ അവന്റെ മനസ്സിന്റെ അശുദ്ധിക്കും മറ്റും അനുസരിച്ച് ശാസ്ത്രജ്ഞനെ വ്യാഖ്യാനിക്കേണ്ടി വരും അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറയേണ്ടത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ പറയുന്നത് അശുദ്ധിയുടെ അടയാളം എന്ന് തന്നെയാണ് എന്താണോ ആ ജീവന്റെ ശ്രേയസിന് വിഭാഗമായി വരുന്നത് അവിടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക മനസ് അവിടേക്ക് പോകാതിരിക്കുക സഹജമായി അങ്ങനെ അതിൽ നിന്നെല്ലാം മാറിഞ്ഞിക്കുക അതിനുള്ള വിശേഷം ഇതങ്ങനെയല്ല സാധാരണ മനസ്സ് അങ്ങനെയല്ല നമുക്കറിയാം ഇത് ദോഷം ചെയ്യുന്നതാണ് പക്ഷെ വാസനക്കരമായി ആ അറിവുള്ളപ്പോ തന്നെ അവിടെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അവിടെ ശുദ്ധിയില്ല മനസ്സിലായി അത് ആളുസരിക്കുക എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് ബാഹ്യമായി ഒരാള് ശുദ്ധനാണ ശ്രമിക്കുന്നു മറ്റുള്ളവരുടെ അടുത്ത് വഴക്കുകൂടാതിരിക്കുന്നു കഴിയുന്നത്ര മറ്റുള്ളവരോടെ വിധേയനായിരിക്കുന്നു അങ്ങനെ പ്രവർത്തിക്കുന്നു അയാൾക്ക് മറ്റുള്ളവരോട് നന്നോളം പെരുമാറാനറിയാം അതൊന്നുകൊണ്ടിവിടെ ചിത്രശുദ്ധിയാവുന്നില്ല ബാഹ്യമായ ആചരണങ്ങളിലൂടെയും തരുന്നില്ല ശരിക്കും ആന്തരികമായി അത് ശരിക്കും വിവേക പോകും ആ വിവേകം ഉണ്ടാകും കാരണം ഇന്നത് ധർമ്മമാണ് അധർമ്മമാണെന്ന് ആദ്യം തിരിച്ചറിയണം ആ തിരിച്ചറിഞ്ഞതിന് ശേഷമേ അധർമ്മത്തിൽ അത് പാടില്ല അങ്ങോട്ട് പോകാൻ പാടില്ല എന്നുള്ളത് മനസ്സിലായി പിന്തുണിക്കുന്നു അല്ലെങ്കിൽ മനസ്സ് പിന്തിരിയത്തു സാധാരണഗതിയിൽ ആ വിവേകവുമില്ല ആ വിവേകമില്ലാതിരിക്കുമ്പോൾ ഒരുപക്ഷെ മനസ്സ് ദുഷിച്ച മാർഗങ്ങളിലേക്ക് പോയാലും തിരിച്ചറിയാൻ കഴിയാറുണ്ട് വരുന്നത് അപ്പൊ ഏറ്റവും പ്രധാനമായ ലക്ഷണമാണ് വിവേകമാണ് ഗ്രാഹിത്യാജ്യ ബുദ്ധി ഇതിലാവശ്യമില്ലാത്തതാണെന്ന് തിരിച്ചറിയുന്നതിനുള്ള കഴിവു അതാണ് ബാലനും ആ ചിത്രശുദ്ധി ഇല്ലെന്ന് പറയുന്നത് കാരണം അവിടെ ആ ഗ്രാഹ്യത്യാജ്യ ബുദ്ധി അല്ല കാലവയ്യത്ത് തന്നെ തീ ഉണ്ടായാലും കുട്ടി പോയി പിടിക്കും തീ പോയി പിടിക്കാൻ പോകുന്നു അവിടെ എന്താണ് ആ ഗ്രാഹിത്യാജ്യ ബുദ്ധി അപ്പൊ അത് നമുക്ക് നിഷ്കളങ്കന്ന് പറയാൻ പറ്റാ മറിച്ചത് ആ വിവേകമാണ് തിരിച്ചറിവില്ല അപ്പോൾ ഈ ഒരു സാധകന്റെ മനസ്സ് അങ്ങനെയുള്ള ഒരു ശിശുവിന്റെ മനസ്സ് പോലെ അല്ല അങ്ങനെ ചിത്രശുദ്ധിക്കനുസരിച്ച് ഉള്ളിൽ ആ യാജ്യബുദ്ധി അത് ദൃഢമായി വരുന്നു വിവേകം ദൃഢമായി വരുന്നു ഇത് രണ്ടും പരസ്പര ശുദ്ധി വരുന്നിടത്തെ വിവേകം വരും വിവേകം വരുന്നിടത്തെ ശുദ്ധി വരും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് ഇത് അപകടമാണ് ആവശ്യമുണ്ട് ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം സദാബേന്ദ്രോണ്ടിരിക്കും അങ്ങോട്ട് പോകേണ്ട കാര്യങ്ങൾ ഉപദേശത്തിന്റെ ആവശ്യമുണ്ട് ഒരാളെ ഭയപ്പെടുത്തേണ്ട കാര്യങ്ങൾ നീ അത് ചെയ്തത് ദോഷം വരും ഇങ്ങനെയുള്ള ബാഹ്യമായ ഉപദേശങ്ങളും പ്രേരണകളും ഒന്നും കൂടാതെ വളരെ വിവേകപൂർവം ഒഴിവാക്കേണ്ടതിനെല്ലാം ഒഴിവാക്കി ശരിയായ മാർഗത്തിലൂടെ തന്നെ മനസ്സ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ആ മനസ്സിന് ഏകാഗ്രതയും ഇതുപോലെ വേണ്ടിവരുന്നു ഇനി അടുത്ത് പറയും മനഃപ്രഗ്രഹവാൻ നരഹ എന്നും മറ്റും പറയും മനസ്സ് ഒരു കടിഞ്ഞാണുപോലെ കൈവരിക്കത്തുള്ളൂ അത്തരം ഇതാണ് നിഷ്കളങ്കതയുടെ ലക്ഷണം ചിത്തശുദ്ധിയുടെ ലക്ഷണം വിവേകത്തിന്റെ ലക്ഷണം അല്ലാതാണ് അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ധാതുപ്രസാദം ആ ധാതുപ്രസാദം കൊണ്ട് മാത്രമേ അത് ആണ് മാത്രമേ ഇതിനെ അറിയുന്നുള്ളൂ സാക്ഷാത്കരിക്കുന്നുള്ളൂ അവന് മാത്രമേ ആ സാക്ഷാത്കാരത്തിനുള്ള യോഗ്യതയുള്ളൂ എന്നർ തഥ അടുത്ത് പറയുന്നു ഭാഷയത്തിൽ ഗീതശോകോഭവിയതിന്റെ ഫലത്തെക്കുറിച്ച് പറയുന്നു വിഗതശോകനാവുന്നു ഇതാണ് ഇതിന്റെ അന്തിമമായ വിതശോകനാവുക ശോകങ്ങളിൽ നിന്നും മുക്തനായി തീരുക വികതമായി തീരുക നശിക്കുക ഇല്ലാതാകുക ശോകങ്ങൾ ദുഃഖങ്ങൾ ദുഃഖങ്ങളിൽ നിന്നുള്ള പൂർണമായ മോചനം അതാണ് വീണ്ടും ഈ മാർഗങ്ങളിലൂടെ എല്ലാം സഞ്ചരിച്ച് ഈ ആത്മവിദ്യ ഒരാൾ കരകതമാക്കുന്നതുകൊണ്ട് അയാൾക്ക് കിട്ടുന്നുകൊണ്ടാണ് ഈ വീതശോകം എന്ന് പറയുന്ന അവസ്ഥയാണ് ദുഃഖങ്ങളിൽ നിന്നുള്ള അയാളുടെ അപ്പോൾ അത് ജന്മങ്ങളിൽ നിന്നുള്ള മോചനം കൊണ്ട് എത്താൻ സാധിക്കത്തുന്നു അതുകൊണ്ട് ജന്മങ്ങളിൽ നിന്നും അയാൾ മുക്തനായിത്തീരുന്നു പിന്നീട് ജന്മം ഉണ്ടാകുന്നില്ല ഒരു തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ജന്മം ഉണ്ടാകുന്നില്ല ഈ മനുഷ്യജന്മം അല്ലെങ്കിൽ ഉപരി ലോകങ്ങളിലുള്ള ബ്രഹ്മലോകം വരെയുള്ള ഒരു ലോകത്തിനും അയാൾക്ക് ജന്മം ഉണ്ടാകുന്നില്ല എന്നറിയാം ഈ സംസാര ചർക്കരത്തിൽ നിന്ന് പൂർണ്ണമായും അയാൾ മോചനായിത്തീരുന്നു അതാണ് അതിന്റെ ഫലം ീരശുഖ അങ്ങനെ അയാൾ വീരശുഖനായിത്തീരുന്നു അതാണ് മോക്ഷ ശരികളും മോക്ഷാവസ്ഥ ജ്ഞാനവും മോക്ഷവും തമ്മുന്ന ബന്ധവും അതാണ് മോക്ഷം ഒരാൾ മുക്തനായി എന്ന് പറഞ്ഞാൽ ആന്തരികമായ അയാൾ സർവ്വദുഃഖങ്ങളിൽ നിന്നും മുക്തനായിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് ആർമാവിന്റെ അസ്തിത്വം ആത്മാവിന്റെ അസർവ്യാപകത്വത്തെ കുറിച്ച് പറയും അത് അണുവിനും അണുവിനും അണുവാണ് മഹത്തിലും മഹത്താണെന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ഏറ്റവും അണുവായിരിക്കുന്നതും അതിന് പ്രകാശിക്കുന്നതിനുള്ള ഒരു മാധ്യമമാണ് ഏറ്റവും മഹത്തായിരിക്കുന്നതും അത് പ്രകാശിക്കുന്നതിനുള്ള ഒരു മാധ്യമമാണ് അതുകൊണ്ടാണ് അതിന് ആത്മാവിന് അണുവിനും അണുവെന്നും മഹത്തിലും മഹത്വം എന്നും പറയും അല്ല ആത്മാവിൽ അണുത്വമോ മഹത്വമോ ഉണ്ടായിട്ടല്ല ആത്മാവിനെ നമുക്ക് സ്ഥൂലമെന്നോ വ്യാപകമെന്നു പറയാൻ പറ്റത്തില്ല സ്ഥൂലം വ്യാപകം സൂക്ഷ്മം എന്നെല്ലാം പറയുന്നത് വസ്തുധർമ്മങ്ങളാണ് അത് നമ്മൾ പ്രത്യേകം മനസ്സിലായിരുന്നു വസ്തുക്കളുടെ ധർമ്മമാണ് അണു എന്ന് പറയുന്ന ഒരു വസ്തുവാണ് മഹത്വം എന്ന് പറയുന്ന ഒരു വസ്തുവാണ് ഒരു വസ്തുവിൽ ഇരിക്കുന്ന ധർമ്മമാണ് അണുത്വം മഹത്വം ആത്മാവിനെ അണുവെന്നും മഹത്വെന്നും പറയുന്നതിന് പരസ്പര വൈരുദ്ധ്യം വരത്തിന്റെ ഒരു വസ്തുവിന് ചെറുതായിരുന്നിട്ട് അതേസമയം മരതാകാൻ എന്ന് ചോദിച്ചു വൈരുദ്ധ്യമില്ല എന്തുകൊണ്ട് ചെറുതെന്നും പറയുന്ന പദാർത്ഥങ്ങളെയാണ് ും അണുന്നും മഹത്വം പറയുന്നതും പദാർത്ഥങ്ങളാണ് വസ്തുക്കളാണ് വസ്തുക്കളെ മുഴുവൻ അത് പ്രപഞ്ചഘടകങ്ങളാണ് പ്രപഞ്ചത്തിന്റെ ഭാവങ്ങളാണ് പിന്നെ ആത്മാവിനെ എന്തുകൊണ്ട് അണുവിന്നും മഹത്വം പറയുന്നു ആത്മാവ് പ്രകാശിക്കുന്നതിന് പ്രകടമാകുന്നതിന് ആവിർഭവിക്കുന്നതിനുള്ള ഒരു മാധ്യമമായി അണു നീക്കുന്നു മഹത്വം നിക്കുന്നു പ്രപഞ്ചം തന്നെ ആത്മാവ് പ്രകാശിക്കുന്ന ഒരു മാധ്യമമാണ് ഈ പ്രപഞ്ചത്തിലൂടെ സദാ ഒരു ജീവൻ ഈ പ്രപഞ്ചത്തിലൂടെ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈശ്വരന്റെ പ്രകാശത്തെയാണ് ഈശ്വരന്റെ പ്രകടമായ ഭാവത്തെയാണ് എല്ലാ ജീവന്മാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജ്ഞാനിയും അജ്ഞാനികളും ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈശ്വരന്റെ പ്രകടമായ ഭാവത്തെയാണ് അജ്ഞാനിയായിക്കൊള്ളോട്ടെ അജ്ഞാനിയായിക്കൊള്ളോട്ടെ സർവ്വീ റിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈശ്വരന്റെ പ്രകടമായ ഭാവത്തെ എന്നാൽ രണ്ടുപേരും നമ്മളെ വ്യത്യാസം എന്താണ് ഒരാൾക്ക് അതിന്റെ പൂർണതയെ അനുഭവിക്കാൻ പറ്റുന്നില്ല എല്ലാവരും അറിയുന്നുണ്ടെങ്കിലും അവന്റെ പൂർണതയെ നമ്മൾ ജ്ഞാനി എന്ന് വിളിക്കുന്നു മറ്റുള്ളവരെങ്ങനെ അതിനെ അറിയുന്നു അവരതിന് ഭാഗ്യമായിട്ട് അറിയുന്നു അതിന്റെ അതിന് തിരിച്ചറിയുന്നില്ല അത് ഈശ്വരീയമായ ഭാവമാണെന്ന് മനസ്സിലാവുന്നില്ല ആ ഭാവത്തെ അറിയുന്നുണ്ട് എന്റെ അസ്തിത്വത്തെ ഉണ്മയെ ആനന്ദത്തെ ബോധത്തെ എല്ലാം അറിയുന്നുണ്ട് ഇത് തന്നെയാണ് ഇവിടെ ഈശ്വരൻ പറയുന്നത് സത്ത് ചിത്ത് ആനന്ദം അതെല്ലാം അറിയുന്നുണ്ട് സത്ത് ഉണ്മയെ അസ്തിത്വത്തെ അസ്തിത്വം എന്ന് പറയുന്ന ഭാവത്തെ നിഷേധിച്ച് ആരും നീക്കുന്നുണ്ട് ബോധം ചിത്ത് അതല്ലാതെ അതിന് സച്ചിതാനന്ദത്തെ അറിയാത്ത ആരും ഇല്ല അതിൽ അജ്ഞനായിട്ടുള്ള ആരുമില്ല പിന്നെ അജ്ഞനം പറയുന്നവരെ അതിന്റെ ആ സേവനമായ ശുദ്ധമായ ഭാവത്തെ ആരും അറിയുന്നില്ല അവിടെയാണ് ഞാനീ അജ്ഞാനി വേർതിരിയുന്നത് ആ ഒരു തരത്തിലാണ് ഇതിനെ സാമാന്യമായി അറിയാത്ത കൊണ്ടല്ല അതുകൊണ്ടുതന്നെ അീവ മതമനുസരിച്ച് ഞാൻ നേരത്തെ ഈശ്വരന്റെ ശീരി പറയുന്ന ഒരാള് അങ്ങനെ ഒരാളില്ല അപ്പാണു ഒന്നും മഹത്വം പറയുന്നത് ഈ ആത്മാവിനെ കുറിച്ചല്ല പരമാത്മാവിനെ കുറിച്ചുള്ള ആണുന്ന് പറയുന്നു മനസ്സ് ആത്മാവ് പ്രകടമാകുന്ന ഉപാധികളെയാണ് പ്രപഞ്ചത്തെയാണ് എന്നും മഹത്വം പറയുന്നത് അത്തരം ഉപാധികളിലൂടെ പ്രകടമാകുമ്പോൾ ആത്മാവെന്ന് പറയുന്നു ആത്മാവാണു ആണ് പറയുന്നു അങ്ങനെ പറയുന്നതുകൊണ്ട് കൂടെ പരസ്പര വിരുദ്ധമായി ഒന്നും കാര്യങ്ങളും പറയുന്നില്ല എന്നാണ് ഇത്തരം ഭാഗങ്ങളിൽ ഇങ്ങനെ പറയുന്നിടത്ത് സംശയം ഉണ്ടാകും അതിന് അങ്ങനെ പറഞ്ഞു ജലിക്കുന്നതാണ് ജലിക്കാത്തതാണ് എന്നും മറ്റും പറയും ഇനിയും പറയും അതുപോലെ തന്നെ അവിടെ എല്ലായിടത്തും ഇത് മനസ്സിലാക്കിക്കോളും ഒന്നും പറയുന്നു ആത്മാവിനെ കുറിച്ചല്ല ആത്മാവിന്റെ ഉപാധികളെ കുറിച്ചാണ് എന്ന് പറയുന്നത് ഇങ്ങനെ പറയുന്നു കാരണം അത് അണവിലും മഹത്തിലും ആത്മാവിനെ ഒരാൾക്ക് ആത്മാവിന്റെ പ്രകാശത്തെ അനുഭവിക്കാൻ കഴിയും സർവത്തിന് അത് അണു ആയിക്കോളട്ടെ മാത്തായിക്കൊള്ളട്ടെ അപ്രത്യേകിച്ച് ഇന്ന സ്ഥലമൊന്നുമില്ല തന്റെ ഉള്ളിലും പുറത്തും അതിന്റെ ഉള്ളിൽ മാത്രമല്ല കണ്ണടച്ചിരുന്നാണ് കാണുന്നതും ഈശ്വരനെ തന്നെ കണ്ണ് തുറന്ന് പറയുന്നത് നോക്കിയാലും കാണുന്നത് ഈശ്വരനെ തന്നെ രണ്ടിടത്ത് ഈശ്വരൻ തന്നെ സത്യജിത്താണന്റെ രൂപത്തിൽ സർവത്ര അതുകൊണ്ടാണ് ഈശ്വരനെ സർവ്വവ്യാധി എന്നും പറയുന്നത് അതാണ് ആ ആത്മാവിന്റെ യഥാർത്ഥമായ സ്വരൂപം എന്ന് യുന്നു പക്ഷെ അതിന്റെ സ്വരൂപത്തെ ശരിക്ക് അവനെ ഈ മാലിന്യങ്ങളെല്ലാം അകറ്റി അതിനെ ഗ്രഹിക്കണമെങ്കിൽ അവൻ ഇവിടെ പറയുന്ന അക്രത്തും കാമരഹിതനായവൻ ചിത്തശുദ്ധവൻ അവൻ ധാതുപ്രസാദവും അതിന്റെ മൊത്തത്തിലുള്ള ആ ശുദ്ധിയുണ്ട് അവനതിനെ ഗ്രഹിക്കുന്നു അതിന്റെ അർത്ഥം നോക്കാം ആത്മാ ത്മാവ് അണോഹോ അണീയാൻ സൂക്ഷ്മത്തേക്കാൾ സൂക്ഷ്മമാണ് മഹതോ മഹീയാൻ മഹത്തിനേക്കാൾ മഹത്താണ് ഹസ്യജന്തു ജീവന്റെ ഗുഹായാം അന്ധക്കരണത്തിൽ നിഹിത സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു തം ആത്മാവിനെ അക്രതഹു കാമനകളില്ലാത്തവൻ धाप्रसाद करणशुद्ध आत्म महिमान अहिमे പശ്യതി സാക്ഷാത്കരിക്കുന്നു വീതശോക വീതശോകനായിത്തീരുന്നു ആസീനോ ദൂരം വ്രജതി സയാണോതിദഞ്ഞോ ജാതു അർഹനാതി മദന്യ ജാ അതിലോ ദൂരം പ്രജതി സയാ നോയാം മദമദം ദം അന്യഥ ദുർവിജ്ഞേയോ കാമിഹിത്മാത്മാമിഹി കാമികൾക്ക് പ്രാകൃത പ്രാകൃതമാർക്ക് ദുർവിജ്ഞേഹ അറിയാൻ പ്രയാസമുള്ളതാണ് യസ്മത് എന്തുകൊണ്ട് അങ്ങനെ വേദാനിക്കാണ് അവസ്ഥ അത് തന്നെ പറയുന്നു അച്ഛനഹനായിരിക്കാന്ന് വെച്ചാൽ നിശ്ചലനായിരിക്കുക അങ്ങനെ ഇരിക്കുക തന്നെ ഏവ സൂരം മൃഗതി ദൂരത്തിൽ സഞ്ചരിക്കുന്നു നിശ്ചലനായിരിക്കുക തന്നെ ദൂരത്തിൽ സഞ്ചരിക്കുന്നു നിശ്ചലതയും ചലനമുണ്ടല്ലോ അതിന്റെ ഉപാധികളാണെന്ന് അനിശ്ചലതയും അത് പ്രകടമാകുന്നു ചലനത്തിനും അത് പ്രകടമാകുന്നു അതുപോലെ സയാനി സർവത സർവത്ര അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു കിടക്കുമ്പോ നമ്മൾ ചരിക്കുന്നുണ്ട് പക്ഷെ ഇത് കിടക്കേ തന്നെ കിടക്കേയും കിടക്കേ തന്നെ യാതി സർവതഹ അത് സഞ്ചരിക്കുന്നു ഏവുമസവാത്മാ ഇപ്രകാരം ഈ ആത്മാ ആത്മാവ് ആത്മാവിനെ അങ്ങനെ പറയാം അത് നിശ്ചലമായിരിക്കുമ്പോൾ അത് സഞ്ചരിക്കുന്നു കിടക്കൻ എന്നത് സഞ്ചരിക്കുന്നു ചതിക്കുന്നു ഈ ആത്മാ ദേവഹ ദേവൻ എന്ന് പറയുന്ന ഒരു ആത്മാവാണ് ഈ ആത്മാവ് മതഅമത അടുത്ത് പറയുന്നു സമതോ അമത സഹർഷോഹർഷ സഹർഷം അത് ആനന്ദത്തോടുകൂടിയിരിക്കുന്നു അഹർഷം ആനന്ദമില്ലാതെയിരിക്കുന്നു ആനന്ദത്തോടുകൂടി ഇരുന്നാലും ആത്മാവാകുന്നില്ല ആനന്ദമില്ലാതിരുന്നാലും ആത്മാവുന്നില്ല രണ്ടു രീതിയിൽ വീട്ടിൽ സന്തോഷത്തോടുകയും സന്തോഷമില്ലാതെ ഇരിക്കുകയാണ് വിരുദ്ധ കർമ്മമാണ് ഇങ്ങനെ നാനാവിരുദ്ധ കർമ്മങ്ങളോടുകൂടി ഇരിക്കുകയാണ് അഥ അസഖ്യത്വ ജ്ഞാദം അതുകൊണ്ട് തന്നെ എന്താണ് ഇതിനെ ജ്ഞാദം അറിയുന്നതിന് അസഖ്യത്വം എളുപ്പമല്ല സഖ്യമല്ല അസാധ്യമല്ലാതെ ജലപ്പം ഉള്ളതിനെ അറിയുന്നതിന് വിരുദ്ധ കർമ്മങ്ങളോടുകൂടി ഒന്നാണെന്ന് ധരിക്കുമ്പോൾ അതിന്റെ നേരെ വിപരീതമായതും അത് തന്നെ അങ്ങനെ ഇരിക്കുന്നു ഭൗതികമായ വസ്തുക്കളെ ചിരിച്ചറിഞ്ഞ അഗ്നി ഊഷ്ണ ജലം ശീതം ഉഷ്ണകളാണെന്ന് പറഞ്ഞാൽ അഗ്നി ശീതം ജലമാണെന്ന് ഉപയോഗം അറിയാം ഒരു സ്വഭാവം അതിന് വിരുദ്ധമായ സ്വഭാവം അത് ഇരിക്കട്ടില്ല പ്രപഞ്ച വസ്തുക്കളെ സംബന്ധിച്ച് അങ്ങനെയാണ് പക്ഷേ ആത്മാവിനെ സംബന്ധിച്ച് അങ്ങനെയാണ് വൈരുദ്ധ്യം എല്ലാം അവിടെ അത് സഹർഷമാണ് ആഹർഷമാണ് ചലിക്കുന്നു ചലിക്കുന്നില്ല അങ്ങനെയിരിക്കുന്നത് കൊണ്ടാണ് പ്രപഞ്ചവാസന ഒരുവന് ഈ ആത്മാവിനെ അറിയാൻ കഴിയാത്തത് അസഖ്യമെന്ന് പറയുന്നത് കൊണ്ടാണ് അസഖ്യത്വ ജ്ഞാതം അതുകൊണ്ട് തം ദേവം ആ രൂപത്തിലുള്ള വൈരുദ്ധ്യങ്ങളോടുകൂടിയിരിക്കുന്ന ആ ദേവന് ആത്മാവിനെ മതന്യഹ എന്നിൽ നിന്നും അന്യനായി കഹ ജ്ഞാതമർഹതി മറ്റാർക്കറിയാൻ കഴിയും ആർക്കാണ് അതിനറിയാൻ കഴിയുന്നത് എന്ന് യമദേവൻ തന്നെ പറയുന്നു അതിന്റെ യഥാർത്ഥമായ സ്വരൂപത്തെ ഒരു ജ്ഞാനിക്ക് മാത്രമേ അറിയാൻ കഴിയൂ അനാഥനറിയാൻ കഴിയത്തില്ല എന്നറിയാം നമ്മുടെ മതസ്സുകൊണ്ടല്ല അതിനറിയേണ്ടതെന്ന് ചുരുക്കം അസ്മദാദേവ സൂക്ഷ്മ ബുദ്ധേഹ് പണ്ഡിതസ് വിജ്ഞാനോ ആയമാത്മാ പറയുന്നു അസ്മദാദേഹി ഞങ്ങളെപ്പോലെയുള്ളവർ സൂക്ഷ്മുദ്ധ ഹേ സൂക്ഷ്മബുദ്ധികൾ തത്വ ഗ്രഹണ സാമർഥ്യം ഉള്ള ബുദ്ധിയുടെ സൂക്ഷ്മബുദ്ധി എന്ന് പറയുന്നത് ബുദ്ധിയുടെ സൂക്ഷ്മതാന്ന് തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള അതിന്റെ സാമർഥ്യം പണ്ഡിത ശിയ ആത്മബോധമുള്ളവൻ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആത്മബോധമുള്ളവൻ പണ്ടാന്ന് വെച്ചാൽ ആത്മജ്ഞാന അതുള്ളവൻ പണ്ഡിതൻ വിജ്ഞേയമായ ആത്മാഅ അങ്ങനെയുള്ളവർക്കാണ് ഈ ആത്മാവിനെ അറിയുന്നത് സർവസാധാരണമായി അത് അതിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ അറിയപ്പെടുന്നില്ലാണത് എന്തുകൊണ്ട് സ്ഥിതി ഗതി നിത്യ അനിത്യാദി വിരുദ്ധ അനേക ധർമ്മ ഉപാധികർമ്മമാണ് സ്ഥിതി ചെയ്യുക ഗതി ചലിക്കുക ചലിക്കുന്നതിന് വിപരീതമാണ് സ്ഥിതി ചലിക്കാതിരിക്കുക ചലിക്കുക നിത്യ അനിത്യ നിത്യവും അനിത്യവുമായിരിക്കുക ഇതി വിരുദ്ധ വിരുദ്ധങ്ങളായിരിക്കുന്ന അനേകധർമ്മ ഉപാധികത്വമാണ് അനേക ധർമ്മങ്ങൾ ഈ ആത്മാവിന്റെ ഉപാധികളാണ് മനുഷ്യന്റെ മനസ്സ് പ്രാപഞ്ചികമായ വാസനകളോട് നിറഞ്ഞതാണ് പ്രപഞ്ചം എന്ന് പറയുന്ന അനേക വൈരുദ്ധ്യങ്ങൾ ഈ അനേക വൈവിധ്യങ്ങളിലൂടെ ഈ ആത്മാവ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ അനേക വൈവിധ്യങ്ങളും ഈ ആത്മപ്രകാശനത്തിന് മാധ്യമങ്ങളാണ് അങ്ങനെ ഇതിലൂടെ അറിയപ്പെടുന്ന ആത്മാവ് വൈവിധ്യങ്ങളിലൂടെ അറിയപ്പെടുന്ന ആത്മാവ് അതാണ് അനേകധർമ്മോപാധികത്വർമ്മമാണ് ഇത് വിരുദ്ധധർമ്മങ്ങളോട് കൂടിയിരിക്കുകയാണ് ഏകരൂപത്തിലല്ല ഇത് അനുഭവപ്പെടുന്നത് വിശ്വരൂപ ചിന്താമണിവ വിശ്വരൂപനെ വിശ്വരൂപം എന്ന് പറയുന്നത് ഒരു മണിയാണ് അതായത് ഒരു ഒരു മണി അതെന്ത് ചെയ്യുന്നു പലരൂപത്തിൽ നാനാരൂപങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു മണി ആ ഒരു വസ്തുയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതൊരു മണിയുടെ പ്രത്യേകതയാണ് നാനാ രൂപങ്ങളെ അത് പ്രതിഫലിപ്പിക്കുന്നു ഒരു നാനാ വസ്തുക്കളെ പ്രതികൾ പാടി കാണാൻ കഴിയും ഒന്നിനെ തന്നെ നിങ്ങൾ പലതായി പ്രതിബന്ധിക്കുന്നു ചിന്താമണി ചിന്താമണിയുടെ വിശേഷതകളാണ് പറയുന്നത് ചിന്തിക്കുന്നതിനനുസരിച്ച് ആ മണി സമീപത്ത് വെച്ചിട്ടൊരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അയാളുടെ ചിന്ത മാറുന്നതിനനുസരിച്ച് മണിയിൽ രൂപത്തിനും മാറ്റം വരും അതിനുള്ള പ്രതിഫലനങ്ങൾക്ക് മാറ്റം വരും അതിനാണ് ചിന്താമണി എന്ന് നാലാ രൂപങ്ങളെ പ്രതികടിപ്പിക്കുന്നവരും മണി അങ്ങനെയുള്ള മണികളെ പറയുന്നുണ്ട് അതുപോലെ ഇരിക്കുന്നു അതായത് പ്രശ്നവും മറ്റും അത് പല ഒരു രൂപം തന്നെ പലതരത്തിലെ പ്രതിബിംബങ്ങൾ കാണാൻ പറ്റും അതുപോലെ അതുപോലെയുള്ള ഈശ്വരൂപറ ചിന്താമണിയെ കുറിച്ച് പറയുന്നത് അത്ഭുത ശക്തിയുള്ള ഒരു മണിയാണ് അത് വച്ച് ചിന്തിച്ചു ആ മണി അവലംബമാക്കി ചിന്തിച്ചാൽ ആ ചിന്തിക്കുന്നതെ അവന് പ്രാപ്തമാകുമെന്ന് ചിന്തയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ അതുപോലെ എന്താണ് അങ്ങനെ വിരുദ്ധ ധർമ്മങ്ങളോടുകൂടി ഒന്നു എന്നുള്ള അർത്ഥത്തിലാണ് നാനാധർമ്മങ്ങളോടുകൂടി ഇരിക്കുന്ന ഒന്നു അതാണ് വിശ്വരൂപം ചിന്താമണി എന്നൊക്കെ പറയുന്നത് അതുപോലെ എന്താണ് കശകിത് ഔഭാസത അങ്ങനെയാണ് ഓരോരുത്തർക്കും ഇതാണ് അനുഭവപ്പെടുന്നത് കശകിത് വിശ്വരൂപ ചിന്താമണി വത് ഔഭാസത വിശ്വരൂപ ഇവ അല്ലെങ്കിൽ ചിന്താമണി വത് നാലാം തരത്തിലോടുകൂടി അനുഭവപ്പെടുന്ന ചുരുക്കും നിശ്ചരൂപമണിയെന്നും ചിന്താ മണി എന്നും രണ്ടുതരത്തിലുള്ള മണിയെ കുറിച്ചും പറയുന്നു നിശ്ചരൂപമണി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഒരു വസ്തുവിനെ പലതരത്തിൽ പ്രതിബിംബിക്കാൻ കഴിയുള്ള അതായത് ഒരു മണിയിൽ തന്നെ ഒരു പ്രതിഫലിപ്പിക്കാൻ ശേഷിയുള്ള ഒരു വസ്തുവിൽ പലതരത്തിലുള്ള പ്രചനങ്ങളുണ്ടെങ്കിൽ അത് പലതരത്തിൽ വസ്തുക്കളെ പ്രതിബിംബിക്കും പല രൂപങ്ങളധികം കാണാൻ പറ്റും ഒരു വസ്തുവിനെ തന്നെ പല രീതിയിൽ കാണാൻ പറ്റും അതുപോലെ വിരുദ്ധ ധർമ്മങ്ങളെ ആത്മാവ് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വിരുദ്ധധർമ്മങ്ങളുടെ ആത്മാവ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ചിന്തയ്ക്കനുസരിച്ച് രൂപം മാറുന്നു ചിന്താഗണിയുടെ പ്രത്യേക അതുപോലെ തന്നെ അന്ധകർണത്തിന് ഇത് നാലാ രൂപത്തിൽ പ്രകടമാകുന്നു അങ്ങനെയാണത് കർഷകരുടെ അവഭാഷതെന്നു വെച്ചാൽ അനുഭവപ്പെടുന്നു ജീവന്മാർക്ക് ഇത് അനുഭവപ്പെടുന്നു അതോ ദുർവിജ്ഞേയത്വം തൃശ്ശേരി അതുകൊണ്ട് ഈ ആത്മാവിന്റെ ദുർവിജ്ഞയത്വത്തെ പറയുക ഇത് അതിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ മനസ്സിലാക്കുക പ്രയാസമാണ് കഷ്ടം മതന്യു ഞാൻ നടതി ഞാനീവളല്ലാതെ ഇവന് ആരാണ് അറിയുന്നത് കരണാനാം ഉപശമ ശയൻ ഇവിടെ ശയനം എന്നുള്ളതിനെ വ്യാഖ്യാനിക്കുക എന്താണ് ശയൻ ഏകദേശ വിജ്ഞാന ശരിക്കും ശയിക്കുക എന്ന് പറഞ്ഞാൽ ഉറങ്ങുകയാണത് കിടന്നാൽ മാത്രം പോരാ കരണജനിത ഏകദേശ വിജ്ഞാന കരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന വിജ്ഞാനങ്ങൾ ഏകദേശ വിജ്ഞാനം മികവിഷയവിജ്ഞാനം അതിന്റെ ഉപശമ അതിന്റെ ഉപശമം ശയാനസുഭോതി ഉറങ്ങുന്നാണ് സംഭവിക്കുന്നത് അതേസമയം വിജ്ഞാനവും നഷ്ടപ്പെടുന്നില്ല കേവലമായ വിജ്ഞാന അതുകൊണ്ട് പറയാം സർവതോ യാദിയവൻ സർവത്ര സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു പറയാം എന്തുകൊണ്ട് വിജ്ഞാനവനും നഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് വിജ്ഞാനം ഇല്ലാതിരിക്കുന്നതുകൊണ്ട് അവന് ഉറങ്ങുന്നുെന്ന് പറയാം പക്ഷെ അവന്റെ ഉള്ളിൽ വിജ്ഞാനം അപ്പോൾ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടും അവൻ സർവത്ര സഞ്ചരിക്കുന്നുവെന്നും പറയാം വിജ്ഞാന രൂപത്തിൽ അവൻ സർവത്രമുണ്ട് അതുപോലെ തന്നെ യഥാവിശേഷ സ്ഥിരസൻ അതുപോലെ തന്നെ വിശേഷ വിജ്ഞാനസ്ഥ അവിജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഒരു ജീവൻ ഉണർന്നിരിക്കുമ്പോൾ വിശേഷ വിജ്ഞാനത്തിനസ് ചെയ്യുന്നു സേനരൂപേണ സ്ഥിരവ താൻ ഒരു ജീവഭാവത്തിനങ്ങനെ ഇരിക്കെ തന്നെ സ്വരൂപത്തിൽ സ്ത്രീയെ തന്നെ മനുഷ്യ മനസ്സും മറ്റേ സഞ്ചരിക്കുമ്പോൾ അത് ഉപാധികത്വം ആ മനസ്സിലൂടെ ആ ജ്ഞാനം പ്രകടമാവുന്നത് കൊണ്ട് ദൂരം പ്രചരിക്കുക ആ ദൂരെ പോകുന്നത് പോലെ പറയുന്നു താനിപ്പോ താനായിരിക്കുന്നു ഒരു സ്ഥലത്ത് പക്ഷെ തന്റെ മനസ്സിപ്പോ വളരെ വിദൂരത്തിലാണ് അപ്പൊ പറയാം താൻ വിദൂരത്ത് സഞ്ചരിച്ചിരിക്കുന്നു പറയാം ഇരിക്കെ തന്നെ സഞ്ചരിക്കുന്നു ഇരിക്കെ സഞ്ചരിക്കുന്നവരെ വിജ്ഞാനമല്ല പക്ഷെ മനസ്സാണ് ആ മനസ്സിനോടൊപ്പം വിജ്ഞാനമുണ്ട് അതുകൊണ്ട് വിജ്ഞാനവും സഞ്ചരിക്കുന്നു പറയുന്നു സത് ഇഹ ഏവ വർത്തതേ അവൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ് ഇവിടെ ഇരിക്കുന്നവൻ ജ്ഞാനമായി ഇവിടെ ഇരിക്കാനമായി സഞ്ചരിക്കുന്നു എന്നറിയാം എന്തുകൊണ്ട് സഞ്ചരിക്കുന്ന മനസ്സിനോടൊപ്പം ജ്ഞാനം ഉള്ളു ജ്ഞാനമായി ഉറങ്ങിക്കൊണ്ടിരിക്കുക തന്നെ ജ്ഞാനമായി സർവ്വത്രയുണ്ട് എന്തുകൊണ്ട് ജ്ഞാനസ്വരൂപത്തിൽ സർവ്വ ജീവന്മാരുന്ന് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഇവിടെ വൈരുദ്ധ്യത്തെ ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ ഉറങ്ങുമ്പോൾ തന്നെ സർവത്ര ഉറങ്ങാതിരിക്കുന്നു സഞ്ചരിക്കുമ്പോൾ നിശ്ചലമായിരിക്കുമ്പോൾ തന്നെ സർവത്ര സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം എന്തുകൊണ്ട് ഈ ജീവന്റെ ഉപാധികളായിരിക്കുന്ന മനസ്സിനെ ഇന്ദ്രിയങ്ങളും എല്ലാം ആശ്രയിച്ചിട്ടാണ് ഇങ്ങനെ വൈരുദ്ധ്യ സ്വഭാവത്തോടുകൂടി ഇരിക്കുന്നത് കൊണ്ട് ഇതിനെ ഗ്രഹിക്കാൻ പ്രയാസമുണ്ട് എന്നാണ് പറയുന്നത് അത് ഞാനിങ്ങനല്ലാതെ ആരും പറയുന്നില്ല മദന്യഹ ഞാനെല്ലാം എങ്ങനാരറിയുന്നു എന്നാണ് നിനക്കത് ഉപദേശിച്ചു തരാൻ അറി കഴിയും എന്നാണ് അചലനായി ഇരിക്കെ ദൂരം വർഗതി ദൂരേക്ക് സഞ്ചരിക്കുന്നു സയാണ രിക്കെ സർവതഹയാതിർവത്ര സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു തം മതാമതം ദേവം ുഖത്തോടുകൂടിയിരിക്കുന്ന ആത്മാവിനെ മതന്യഹ ഞാനല്ലാതെ ആരാണ് ർഹതി അറിയുന്നത്